ഈശാവാസ്യം ഇതം സർവം എന്ന നൂലില് വെച്ച് നമ്മുടെ മനസ്സാകുന്ന പട്ടത്തെ പറപ്പിച്ചോളൂ പോട്ടെ അതെങ്ങനെ പൊങ്ങി പൊങ്ങി പോട്ടെ ഒന്നുകൊണ്ട് ചിന്തിക്കണ്ട അതല്ലെങ്കിൽ പട്ടം അവിടെ കൊടുങ്ങോ ഇവിടെ കൊടുങ്ങോ അത് ചിന്തിക്കേണ്ട പൊങ്ങട്ടെ പറക്കട്ടെ അപ്പൊ അതൊരു വലിയൊരു ആശ്വാസം നൽകുന്നതാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അതിന് ഈ പറഞ്ഞ ദ്വന്ദ്വങ്ങളെ പ്രദാനം ചെയ്യുക എന്നത് അതിൽ അടിസ്ഥാനമാണ് അതിൽ അതിന് എന്താ പറയുക ഭഗവാൻ ഇവിടെ പറയുന്നു വ്യവസ്ഥിതവും എന്നാണ് വ്യവസ്ഥിതവും അതിൽ മാറ്റമൊന്നുമില്ല അങ്ങനെ ഉഷ്ണകാലത്തിൽ ഉഷ്ണം തന്നെയാണ് ത്വകേന്ദ്രിയത്തിന് പ്രദാനം ചെയ്യുക അപ്പൊ ചൂടൊന്നുമല്ല മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ഒരുവന് തസ്യ എന്ന് പറഞ്ഞ ഭക്തസ്യ ഭക്തന് അല്ലെങ്കിൽ മോക്ഷച്ചുവിന് ഒരു സാധകന് ഒക്കെ പരിപന്തിനവും ശത്രുക്കളാണ് അവന്റെ ശത്രു രാഗവും ദ്വേഷവുമാണ് അപ്പൊ രാഗദ്വേഷങ്ങൾ അവന്റെ ശത്രുവാണ് എന്നതിനാൽ അവൻ ആ വഴിക്ക് ശത്രുവിന്റെ കൂടെ സഞ്ചരിക്കോ അതെങ്ങനെ ശത്രുവിന്റെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവന്റെ ഏറ്റവും മിത്രം അങ്ങനെ അത് ഇരുളും വെളിച്ചവും ചേർന്ന് നിന്ന് എങ്ങനെ ഉണ്ടാവും അതുപോലെ അതുകൊണ്ട് ശത്രുവിന്റെ കൂടെയുള്ള യാത്ര അപകടമാണ് എപ്പം വേണമെങ്കിലും എന്താ നഷ്ടപ്പെട്ടു പോകാം ഉണ്ട് ഭഗവാൻ തുടർന്ന് പറയുന്നു ശ്രേയാ സ്വധർമ്മോ വിരധർമാനുഷ്ഠിത സ്വധർമ്മേനം ശ്രേയ യാവ ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ ഇതും നമ്മുടെ എന്താ നമ്മുടെയൊക്കെ ശ്രേയസിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇപ്പൊ നിങ്ങൾ ഈ ടി വിയിലൊക്കെ ഓരോ പ്രോഗ്രാം ഉണ്ടല്ലോ എന്താ ടൈലി പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ കുട്ടി ചോദിക്കുമ്പോൾ ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അതുപോലെ ഈ ശ്ലോകം ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെറുപ്പക്കാർക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാവർക്കുമായിട്ട് ഭഗവാൻ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുക പറയണോ ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാ സ്വനുഷ്ഠിതാത് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട എന്താ ആ അനുഷ്ഠിക്കപ്പെട്ട പരധർമാത് വിഗുണ അഭി പല പ്രകാരത്തിലാണിത് വിഗുണഹ അഭി അന്യധർമ്മത്തേക്കാൾ ഗുണരഹിതമാണെങ്കിലും സ്വധർമ്മ ശ്രയാൻ സ്വധർമ്മം ശ്രേയസ്കരമാണ് നന്നായി മനസ്സിലാക്കിക്കോളൂ നമുക്കൊക്കെ സ്വധർമ്മം ശ്രേയസ്കരമായി തോന്നില്ല എന്നിട്ടോ പരധർമ്മം ശ്രേയസ്കരമായിട്ട് തോന്നും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഞാനായിരിക്കണം അവന്റെ സ്ഥാനത്ത് എന്ന് ഏ ഞാൻ എന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു അതിപ്പോ എങ്ങനെയപ്പോ എന്താപ്പോ എനിക്ക് എന്താപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനിവിടെ കല്യാണം കഴിച്ച് എന്തെങ്കിലും ഒരു ഒരു രണ്ട് സെൻറ്റ് എന്താ രണ്ട് സെൻ്റെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും ഒന്നും ഒന്നും തന്നിട്ടില്ല പിന്നെ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തതാ ഞാനായിരിക്കണമായിരുന്നു ഏത് ഏത് കാര്യത്തിനും നമ്മള് ഒരപരന്റെ കർമ്മത്തെ നോക്കിക്കൊണ്ട് അവന്റെ സ്ഥാനത്ത് ഞാൻ ഈ പകരം മാറി വെക്കലുണ്ടല്ലോ അത് വളരെ അപകടം പിടിച്ച ഒന്നാണെന്ന് വിഗുണ അഭി സ്വധർമ്മ ശ്രേയാൻ അത് വിഗുണ ഗുണരഹിതമാണെങ്കിലും അപ്പൊ നമുക്കത് ഗുണരഹിതമാണ് പക്ഷേ നമ്മെ സംബന്ധിച്ച് അത് ശ്രേയസ്കരമാണ് കാരണം എന്നിൽ വന്നു ചേർന്നിട്ടുള്ളതാ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു സ്വധർമ്മേ സ്വധർമ്മത്തിലെ നിധനം നാശം പോലും ശ്രേയഹ ശ്രേയസ്കരമാണ് കൊല്ലലെന്നൊരു പ്രയോഗമുണ്ട് സ്വധർമ്മം കൊല്ലലാണെങ്കിൽ അതും ശ്രേയസ്കരമാണ് എന്തുകൊണ്ടെന്നാൽ പരധർമ്മ പരധർമ്മം ഭയാവഹ അതങ്ങേയറ്റം ഭയാവഹമാകുന്നു നാം മറ്റൊരുവന്റെ ധർമ്മത്തെ സ്വീകരിക്കുന്നതാണ് ഭയാവഹമായിട്ടുള്ളൊരു കാര്യം ഇതിനെ തപോവനസ്വാമികൾ ആ പതിനെട്ട് എഴുത്തിൽ എഴുതുന്നുണ്ട് അതുകൊണ്ടാണ് സന്യാസി ഗൃഹത്തിലിരിക്കുന്നവനെ പോലെ ആചരിക്കരുതെന്നും ഗൃഹത്തിലിരിക്കുന്നവൻ സന്യാസിയെ പോലെ ആചരിക്കരുതെന്നും പറയുന്നത് ചിലർ ഗൃഹത്തിലിരുന്നു കൊണ്ട് സന്യാസിയുടെ ധർമ്മം ആചരിക്കും ഏത് കാട്ടിലെ സന്യാസിയുടെ ധർമ്മേ ഹേ ഗൃഹ ഗൃഹസ്ഥാശ്രമം എന്നൊരു അതിമഹത്തരമായ ഒരു ഭാവനയുണ്ട് നമ്മുടെ ഉള്ളിൽ ഗൃഹത്തിൽ തന്നെ ആശ്രമത്തെ സൃഷ്ടിക്കാം നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെയായിരുന്നു യാജ്ഞവൽക്യ പ്രഭൃതികളൊക്കെ അങ്ങനെയായിരുന്നു മഹാത്മാക്കളൊക്കെ അങ്ങനെയായിരുന്നു അപ്പൊ ഭാര്യയും ഭർത്താവും അവരങ്ങനെ അവരുടെ ആ മനോഭാവം അവർ ഈ ശാസ്ത്ര ചർച്ച ചെയ്യുന്നതിൽ അതിനെ കുട്ടികളെ പങ്കാളികളാക്കുന്നതിൽ അതിലൊക്കെ അവർ അതീവ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചർച്ച ചെയ്ത ഒരു കുഴപ്പമില്ല ഇത് വീട്ടിൽ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സ്വാമിക്ക് അറിയില്ല ഒരു എലക്ഷൻ കാലത്ത് സ്വാമിയുടെ ആ പത്ര കട്ടിംഗ്സ് ഇപ്പോഴും ഉണ്ട് എലക്ഷൻ വരുന്നതിന് മുൻപ് നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രി അദ്ദേഹമായിട്ടൊരു ഇന്റർ ഒരു ഇന്റർവ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കാറില്ല എന്ന വീട്ടിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല അപ്പൊ നമുക്ക് അത്ഭുതം തോന്നിയത് വീട്ടിൽ കേറ്റാൻ പറ്റാത്ത ഒന്നാണല്ലോ ഇത് എന്ന ശരിക്കും ശരിക്കും ഇവരുടെ ഈ പത്ര കട്ടിങ്സ് നമ്മുടെ സ്വാമിയുടെ കയ്യിലുണ്ട് അതായത് ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഞങ്ങൾ ഈ കാര്യം ഈ കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നത് രാഷ്ട്രീയം മോശമെന്നല്ല സ്വാമി പറഞ്ഞത് പക്ഷേ അവർ ഏതൊരു രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അത് തന്നെയാണ് അവർ പത്രസുഹൃത്തിനോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ പറയാറ് അല്ലെങ്കിൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് വീട്ടിൽ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് ഓരോ പൗരനും സൃഷ്ടി ഉണ്ടാകുന്നത് വീട്ടിലാണ് വീട്ടിൽ തന്നെയാണ് അത് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ചിലര് വീട്ടിലേക്ക് ഈ വക ആളുകളെ അടുപ്പിക്കാറ് തന്നെ ഇല്ല ചിലർക്ക് ആ കാര്യത്തിലൊക്കെ വളരെ നിർബന്ധമുണ്ട് വീടിനെ അവർ ഒരിക്കലും രാഷ്ട്രീയ വേദിയാക്കാൻ അവർ രാഷ്ട്രീയ സുഹൃത്തുക്കളെയൊന്നും അവർ കയറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട് ഇതങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ചിന്മയാൻ സ്വാമികൾ പറഞ്ഞത് ഇത് വയൽവരമ്പിലും ഇത് ഫാക്ടറിയിലും ഇത് അടുക്കളയിലും ഇത് ക്ലാസ് അങ്ങേയറ്റം എവിടെയും നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാം നിങ്ങളുടെ കൂടെ കാരണം നിങ്ങളുടെ കരുത്ത് ഇതാണ് അപരന്റെ ധർമ്മം ഭയാവ സ്വധർമ്മം നിധനം ശ്രേയ ഇതൊക്കെ വലിയ വലിയ എന്താ ഇതൊന്നും ഒരു ഒരു പ്രകാരത്തിലും ഇതിന് ഇതൊന്നും ശരിയല്ല എന്ന് ഒരാൾക്കും ഇതുവരെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയും ഇല്ല നമ്മളൊക്കെ അന്വേഷിക്കുന്നത് ഈ പരന്റെ ധർമ്മമാണ് നമ്മൾ പലത് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഉണ്ട് നമുക്കിത് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുമ്പോ നമ്മൾ എന്താ ആദ്യം നോക്കുക എന്തൊക്കെയാണ് ഇവിടേക്ക് അരയ്ക്ക തുടങ്ങിയിട്ടുള്ളത് മലയാളിക്ക് ഒരു ഗൾഫിൽ പോയി കുറച്ച് കഴിഞ്ഞ് വന്ന ഉടനെ ബിസിനസ്സാണ് അയാൾക്ക് അതാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതോ ചെയ്യാം പഞ്ചാബിൽ പോയിട്ട് ഒരാൾ കണ്ടുപിടിച്ചു ഇവിടെ ഇല്ലാത്തൊരു കടയുണ്ട് അത് തുടങ്ങാം എന്താ ബാർബർ ഷോപ്പ് അവിടെ തീരല്ല അവിടെ ഉള്ളവർക്ക് അത് ആവശ്യമില്ല പിന്നെ നിങ്ങളത് അവിടെ കൊണ്ടുപോയിട്ട് തുടങ്ങിയിട്ട് എന്ത് കാര്യം അല്ലേ അവര് അവിടെ വളരെ കുറച്ച് ആളുകളെ അത് ഉപയോഗിച്ചാറുണ്ട് ഒരു ദിവസം അയാൾ ഇങ്ങനെ നടന്നു ഒരുപാട് നടന്നു ഒരു ബാർബർ ഷോപ്പ് അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ എവിടെ ഇല്ല അദ്ദേഹം ആലോചിച്ചില്ല ഈ സിഖ് സമൂഹം ഇത് മുടിയും കാടിയും ഒന്നും വെട്ടാത്തവരാണെന്നുള്ള അദ്ദേഹം അറിഞ്ഞില്ല അതേ ഇതിനാലോചിക്കുന്ന വലിയൊരു എയർ കണ്ടീഷൻ ഷോറൂം കൂടെ തുടങ്ങിക്കളയാം അപ്പൊ ആരൊക്കെയാണ് ഖകാല ഖോദേശ കവ്യയാഗമ കശ്ചാഹം കാജമേ ശക്തി ഇത് ചിന്ത്യം മുഹുർമുഹു ഒരാരംഭ ഒരു സംഗതി തുടങ്ങുമ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിക്കണം എന്ന ആരാണ് ഞാൻ കശാഹം കഹാഹം ഞാൻ ആര് കവ്യാകമോ എനിക്ക് വരവ് ചെലവ് എന്ത് കാചമേ ശക്തി എത്ര എനിക്ക് ശക്തിയുണ്ട് കാലി മിത്രാണ് ആരൊക്കെയാണ് എന്റെ കോ ദേശ ഏതാ ദേശം ദേശത്താണ് ഞാൻ ചെലവഴിക്കാൻ പോണത് ഏത് കാലാവസ്ഥയിലാണ് ഇതൊക്കെ നോക്കണം അതുകൊണ്ട് പരന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നിലെന്താണ് ധർമ്മം അതുകൊണ്ട് ഈ കർമ്മത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാരതത്തില് ഈ എന്താ പറയുക ജാതിയൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് പലതും അങ്ങനെയാണ് പലതും പഠിക്കുന്നത് അങ്ങനെയാണ് ഒരു കൊശവന്റെ മകൻ ഇത് പഠിക്കുന്നത് അത് പഠിപ്പിച്ചാൽ ശരിയാവില്ല ഒരിക്കലും ഒരു രാജാവ് വളരെ നല്ല നമുക്ക് വളരെ എന്താ ചൈനീസ് കഥയാണ് വളരെ നല്ല വളരെ ഹൃദ്യമായി തോന്നിയിട്ടുള്ളൊരു കഥയാണ് ഒരു രാജാവ് അദ്ദേഹം അദ്ദേഹം പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായി അദ്ദേഹത്തിൻ്റെ എന്താ ഈ രാജ്യത്ത് അദ്ദേഹത്തിന് വേണ്ടി മാംസം തയ്യാറാക്കുന്ന ഒരാളുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഒരു നിർബന്ധം അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ച് മൃഗത്തെ വെട്ടണം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കുന്നത് അദ്ദേഹത്തിന് കാണണം പതിനഞ്ച് വർഷം ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ആ ഇറച്ചി വെട്ടുകാരനോട് രാജാവ് ഒരു ദിവസം ചോദിച്ചു നീ നിൻ്റെ ഈ ബാഗിൽ നിന്ന് ആ ലെതർ ബാഗിൻ്റെ അകത്ത് നിന്ന് ഈ വാളെടുത്ത് ഒരു മഴ പോലത്തെ ഒരു സാധനമാണ് അതെടുത്ത് ഈ മൃഗത്തെ വെട്ടി അതിൻ്റെ മാംസങ്ങളൊക്കെ എടുത്തെടുത്ത് നീ അതിനെ വേഗം എനിക്ക് ഭക്ഷണത്തിനുള്ളത് നീ കൃത്യമായിട്ടിങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇത്ര വർഷമായിട്ട് ഞാൻ കാണുകയാണ് ഞാൻ കാണാത്ത ഒന്നുണ്ട് നീ ഒരിക്കൽ പോലും ആ മഴു മൂർച്ചയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിനെന്താ മൂർച്ചയാക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു മഹാരാജൻ അത് ഞാൻ മൂർച്ചയാക്കിയിട്ടില്ല അതെൻ്റെ അച്ഛൻ എനിക്ക് തന്നതാ അച്ഛൻ മൂർച്ചയാക്കുന്നത് തന്നെ ഞാൻ കണ്ടിട്ടില്ല കാരണം ആ വാള് ആ ഉപകരണം ആ മഴു എല് സ്പർശിക്കാറില്ല കാരണം അച്ഛൻ അറിയാം എല്ല് ഇല്ലാത്ത ഇടമെവിടെയെന്ന് ഒറ്റ വെട്ടിലാണ് അച്ഛൻ മൃഗങ്ങളെ രണ്ടാക്കുക ഞാനും അതുപോലെ തന്നെ അങ്ങ് കണ്ടിട്ടില്ലേ ഈ വാള് എല് സ്പർശിക്കാറേ ഇല്ല മാത്രമല്ല മാംസത്തിലൂടെ ഇത് കടന്നു പോകുന്ന സമയത്ത് ഇതിന് മൂർച്ചയേറുക ചെയ്യുന്നത് ഇത് നിരന്തരം എല്ലിൽ തട്ടിയാൽ മാത്രമേ ഇത് മൂർച്ചയാക്കേണ്ടി വരുന്നുള്ളൂ രാജാവിന് അത്ഭുതായി ശരിയാണ് ഈവൻ ആ ജോയിന്റിലൊക്കെ ഇങ്ങനെ കടത്തി അങ്ങോട്ട് വിട്ടേക്കും അങ്ങനെ അതിൽ കൃത്യം കൃത്യമായിട്ട് നിങ്ങൾ ബോംബെയിൽ പോയി കഴിഞ്ഞാൽ ചക്ക മുറിക്കുന്നത് ചക്ക മുറിച്ചു വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവും നമ്മളൊരു ചക്ക മുറിച്ചു കഴിഞ്ഞാല് ആ എത്ര ചൊള അതിന്റെ ആ ചൊളയുണ്ടല്ലോ നടു ചീന്തി കുരു ചെതറി വീട്ടിൽ മുഴുവൻ ഉണ്ടാവും നടക്കുമ്പോൾ കാലിലിങ്ങനെ ഒട്ടിപ്പിടിക്കും ഒരു ചക്ക മുറിച്ചതാണെങ്കിൽ കാണാൻ അല്ലേ എന്തായി കാലിൻ്റെ അടിയിൽ പിടിച്ചു നോക്കുമ്പോ വെട്ടി പിന്നെയും ഒരൊറ്റ ചുള പോലും ഒരു പോറലും ഏൽക്കാതെ അവരങ്ങനെ കാരണം ഒരു ചുളയ്ക്ക് അവിടെ വിലയുണ്ട് രണ്ടു രൂപ മൂന്ന് രൂപയാണ് നമ്മുടെ മലയാളികൾ തന്നെ അവിടെ ഇങ്ങനെ പോയി നിന്ന് കഴിച്ചു പോവും ഒരു രണ്ടും ഒരു അഞ്ചു രൂപയൊക്കെ കൊടുത്തിട്ട് ചക്ക കുരു മേടിച്ച് കവറിലിട്ടിട്ട് കൊണ്ടുപോകും എന്തിനാ കറി വെക്കാൻ ഇവിടുന്ന് ഇവൻ ഇവിടെ ഇരിക്കുമ്പോൾ അവന് അതിൻ്റെ വില അറില്ല അവിടെ പോയപ്പോൾ അങ്ങനെ നാവില് വെള്ളം വരും എന്നിട്ട് അപ്പൊ അതെങ്ങനെയാണ് സ്വാമി മുറിക്കണത് ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുന്ന് പറഞ്ഞിട്ടൊന്നും വിട്ടില്ല അതിങ്ങനെ ആദ്യം തന്നെ ഒരു അതിൻ്റെ ഒരു അളവുണ്ടല്ലോ ഈ ഒരു മാതൊളി നാരങ്ങ ഒരു നാരങ്ങയുണ്ട് ഈ നാരങ്ങ പൊളിക്കലിൻ്റെ ഈ വിദ്യ എങ്ങനെയാണ് ഇതും നേർതാക്കില്ല അതിൻ്റെ ആ തൊലി എത്രയുണ്ടോ അത്ര മാത്രം കത്തി അങ്ങോട്ട് പോവും എന്നിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചുള എന്നെ ഇതാവും പിന്നെ ആ ചുള വിടർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തണ്ട് മാത്രം ഇങ്ങോട്ട് ഇതാക്കിയാൽ മതി ഒറ്റ ചുള പോലും അത് കത്തി ഏൽക്കില്ല അതൊരു കലയാണ് അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ മഴു എല്ല് തൊടാറില്ല അപ്പം രാജാവിന് അത്ഭുതമായി രാജാവ് പറഞ്ഞു എന്നാലേ എനിക്കതൊന്ന് പഠിക്കണം ഇദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയില്ല ഇത് പഠിപ്പിക്കാൻ പറ്റില്ല ഇത് പറയാനാണ് സ്വാമി ഇത്രയും പറഞ്ഞത് മഹാരാജൻ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല പിന്നെയോ ഇത് ഞാൻ അച്ഛനെ സഹായിച്ച് അച്ഛനിൽ നിന്ന് നുകർന്നെടുത്തതാണ് വിദ്യകളൊക്കെ എടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ നുകർന്നെടുത്തതാണ് പറയും അച്ഛൻ എന്നോട് ഒരുപാട് ഒരുപാട് വർഷം ഞാൻ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അച്ഛന് ഈ മൃഗങ്ങളെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുക അച്ഛൻ വാൾ ഈ ഇത് മഴ ചോദിക്കുന്ന സമയത്ത് അത് എടുത്തു കൊടുക്കുക അച്ഛന് വെള്ളം എടുത്തു കൊടുക്കുക ഞാൻ ദൂരെ നിന്ന് അച്ഛനെ നിരീക്ഷിക്കുകയായിരുന്നു അങ്ങനെ നിരീക്ഷണത്തിലൂടെ നിരന്തര സമ്പർക്കത്തിലൂടെ ഞാൻ പകർന്നെടുത്ത വിദ്യയാണ് അങ്ങേക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് എന്റെ കൂടെ വന്ന് ഇതുപോലെ ഞാൻ എൻ്റെ അച്ഛനെ സഹായിച്ചതുപോലെ അങ് എന്നെ സഹായിക്കണം അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ചിലപ്പോ ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ ഇതുപോലെ എന്നെ പോലെ ഒരു ഇറച്ചി വെട്ടുകാരനാവാം ചില വിദ്യകളൊക്കെ അങ്ങനെയാണ് അത് കണ്ടാൽ നമുക്കറിയാം ആ പരമ്പരയാലുള്ള കൈമാറ്റം അങ്ങനെ ആ ഒരു കൈമാറ്റത്തിലൂടെ പൂജാകർമ്മം ചെയ്യുന്ന പൂജാരിയെ നോക്കുമ്പം വലിയൊരു ഇതുണ്ട് സ്വാമി അല്ലെങ്കിൽ നിങ്ങൾ വിവാദത്തിലേക്ക് പോയിപ്പോവും കാരണം ഇവൻ ചെറുതാവുമ്പം തന്നെ നേദ്യവും തേവാരവും അതും ഇതുമൊക്കെ കണ്ട് കണ്ട് കണ്ട് അച്ഛൻ്റെ കൈകൾ പോകുന്നതും അച്ഛൻ എന്താ പ്രാണാഹുതി ചെയ്യുന്നതും ഇവൻ ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ട് കണ്ട് അവൻ്റെ ഉള്ളിൽ അതൊരു പ്രത്യേക കൈമാറ്റമാണ് മൂന്ന് വർഷം കൊണ്ടൊന്നും അല്ലെങ്കിൽ അഞ്ചു വർഷം കൊണ്ടൊന്നും അത് കൈമാറ്റം ചെയ്യപ്പെടാവുന്നതല്ല ചില വിദ്യകൾ അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് അത് ഭാരതത്തിൽ പ്രത്യേകിച്ചും പക്ഷെ അതൊന്നും നിയമത്തിന്റെ മുൻപിലോ മറ്റുള്ളതിൻ്റെ ഇതിലോ പോയി കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു സാധുതയും ഇല്ല ഇപ്പൊ ഈ വിദ്യ ഇങ്ങനെ നുകർന്നെടുക്കേണ്ടതാന്ന് പറഞ്ഞാൽ ഏ അങ്ങനെ നുകരുന്ന വിദ്യ ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയും ചിലതങ്ങനെ ബിസിനസ് പോലും അച്ഛൻ മകനെ ബിസിനസ് പഠിപ്പിക്കുക മോനെ രണ്ട് കാര്യങ്ങളാണ് ബിസിനസ്സിൽ വേണ്ടത് എന്താണച്ച പറഞ്ഞ വാക്ക് പാലിക്കണം രണ്ട് സത്യസന്ധത അറിയാൻ നിനക്ക് പറയൂ അച്ഛൻ വിശദീകരിക്കൂ അതായത് ഒന്ന് ബിസിനസ് തന്ത്രമാണ് ഒന്ന് നീ പറഞ്ഞാൽ വാക്ക് പാലിക്കാന്നുള്ളത് അതായത് ഒരാൾക്ക് നീ എന്തെങ്കിലും ഏറ്റാൽ ഒരു വാക്ക് കൊടുത്താൽ നീ ആ വാക്കിനെ തല പോയാലും മാറ്റരുത് നീ അതിനെ പാലിക്കണം ഇതാണ് നമ്മുടെ ബിസിനസ്സിലെ ഒരു എന്താ ഒരു മോട്ടോ ഇത് നീ സ്വീകരിക്കണം മനസ്സിലായ ശരി മനസ്സിലായി ബിസിനസിന്റെ ആ തന്ത്രം എന്താ അറിയു വച്ചാ ഇങ്ങനെ ഒരു വാക്ക് ഒരാൾക്കും കൊടുക്കരുത് ഇപ്പോൾ പല ബിസിനസ്സും ബിസിനസ്സിലും ഉണ്ട് ഈ ഒരു അതായത് എന്താണോ അച്ഛൻ ചെയ്യുന്നത് അത് ഇങ്ങനെ ഇരുന്നിരുന്ന് നോക്കിയെല്ലാം അച്ഛൻ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നത് അല്ലാതെ ഈ ചിലരുണ്ട് ചെന്നിട്ട് ഒരു ഒരു കടയിൽ ഒരു സ്ത്രീ ചെന്നിട്ട് ഇങ്ങനെ അത് ആ കടയിലുള്ള ആളോട് ജോലിക്കാരനോട് ചോദിക്കുക ഓ വല്ല വല്ല വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ അപ്പോൾ ഒരാഴ്ചയായിട്ട് എന്താ വരാത്തത് എന്താ ഓ എന്തൊരു ഇതാണ് അപ്പൊ കടക്കാരൻ പറയാം ഞാൻ വിചാരിച്ചു ഇന്നലെ വരുന്നു ഇല്ല ഇതൊക്കെ കേട്ടിട്ട് ഓണർക്ക് ദേഷ്യം വന്നു എന്നിട്ട് അവർ എന്നാ ശരി പോട്ടെ എന്ന് പറഞ്ഞു അവരി ഇറങ്ങുമ്പോ ഇദ്ദേഹം പറഞ്ഞു അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉടനെ വരുന്നു അപ്പൊ ഇവര് പറഞ്ഞു ഞാനതല്ല മഴയുടെ കാര്യ പറഞ്ഞത് മഴ എന്താ വരാത്തതെന്ന് അയാളോട് ചോദിച്ചത് അയാളും പറഞ്ഞു ഒരാഴ്ചയായിട്ട് ഇല്ല ഞാനും വിചാരിച്ചു ഇന്നുണ്ടാവും നാളെ ഉണ്ടാവുന്നു ഇതല്ല ബിസിനസ് ഇതൊക്കെ ഇങ്ങനെ പകർന്നെടുക്കുന്ന ഈ ഒരു അത് സ്വധ അത് എന്താണ് അങ്ങനെ ഉള്ള ചിലതുണ്ട് അതൊക്കെ വിട്ടിട്ട് നമ്മൾ പരൻ്റെ ധർമ്മത്തെ അത് ചെയ്യുക ഇത് ചെയ്യുക അത് എന്താ പരധർമ്മ ഭയാവഹ അത് അങ്ങേയറ്റം ഭയാവഹമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്താ പരധർമ്മ ഭയാവഹ അത് അങ്ങേയറ്റം ഭയാവഹമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുന്നു നമുക്ക് ആ ചോദ്യം കേട്ടിട്ട് നോക്കാം എന്താ ചോദ്യം അർജുന ഉവാച അധ കേര ബോജിത ചോദ്യം ഗംഭീരാണ് അർജുനുവാച അർജുനും ചോദിച്ചു അത കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനുച്ചന്നപി ഹേ വാഷ്ണേയ ബലാദിവ നിയോജിത ഭഗവാനെ അല്ലയോ കൃഷ്ണ വൃഷ്ണികുലോത്തമ അത ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് രാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് കേനപ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ചി ഇഗ്ര ആഗ്രഹിച്ചിട്ടല്ല ആഗ്രഹിക്കാതെ പോലും അവൻ കൊടിയ കൊടിയ പാപങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ട് ചോദ്യം ഇതെന്നൊക്കെ വിട്ടിട്ട് നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട് ഇതിന് ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന് കാരണം എന്ത് ഭഗവാൻ ചോദ്യമാണ് അർജുനന്റെ ചോദ്യമാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു പത്രത്തിലൊക്കെ കാണുന്ന ദിവസവും കാണുന്ന ഓരോരോ സ്ഥലത്ത് നടക്കുന്ന ഓരോ കൊള്ളരുതായ്മകളോ ഒക്കെ നമ്മുടെ മുൻപില് നമ്മൾ നമ്മൾ ദിവസവും ചോദിക്കുന്നതായി ചോദ്യം എന്ത ഈ മനുഷ്യന്മാർക്ക് വല്ല ആവശ്യമുണ്ടോ ആ പാവം ചെറിയ കുട്ടിയെ ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച് ഭിക്ഷയ്ക്ക് കൊണ്ടു നടക്കുന്നു എങ്ങനെയവന്മാർക്ക് ഇത് തോന്നുന്നത് ചോദ്യമാണ് ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ ചോദ്യ അതക്കേന പ്രയുക്തോയം പാപം ചരത്തി പുരുഷ അനിച്ചി ആസിഡ് ഒഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല എങ്കിൽ പോലും ഒഴിച്ചവനോട് ചോദിച്ചു നോക്കൂ ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയാൽ ചെയ്യണമെന്നുണ്ടായിരുന്നോന്ന് ഉണ്ടായിരുന്നുള്ളൂ വേറെ നമ്മൾ ധ്യാനം പഠിച്ചപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് ബലാതിവ നിയോജിത ബലാത്കാരേണ ആരോ ആരാലോ കേന എന്നാണ് കേനോപനിഷത്തിലെ ചോദ്യമാണ് കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാച ഇമാം വദന്തി ചുശ്രോത്രം കവുദേവോ യുനക്തി അത് കുറേയും കൂടെ ഉയർന്ന ചോദ്യ ഇത് അർജുനൻ കുറച്ച് താഴേന്ന് ചോദിച്ചതാണ് രാൽ നിയോഗിക്കപ്പെട്ടിട്ട് ഓരോരുത്തരും ഓരോ കുണ്ടാമണ്ടികൾ ചെയ്യുന്നു കാരണം പാപം ചെയ്തിട്ടുള്ളവർ പറയുന്നു എന്തോ അങ്ങനെ ചെയ്തു എന്ന് അപ്പൊ ആരാണ് ഇതിൻ്റെ പിറകിൽ എന്ന് ചോദിക്കുക ഈ ആധുനിക മനഃശാസ്ത്രത്തിൽ മോഡേൺ സൈക്കോളജിയിൽ അവർ പറയും െ ഓരോ കർമ്മങ്ങൾ ചെയ്യിക്കുന്നതിന് ഉള്ളിൽ നിന്നുള്ള ഒരു തള്ളലുണ്ട് ഒരു പ്രേരണ അതിനവര് കൊടുത്തിരിക്കുന്ന വാക്ക് ഡ്രൈവ്സ് എന്നാണ് ഡ്രൈവ്സ് ഏതോ ഒന്ന് ഒന്ന് തള്ളുന്നു അവനെ അർജുനൻ ചോദിച്ചത് ഈ തള്ളലിലെത്തി നിൽക്കുകയാണ് ആധുനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അർജുനൻ ചോദിക്കുന്നത് അവിടുന്ന് കുറച്ചുകൂടെ പിറകിലേക്ക ഈ തള്ളൽ തള്ളലിന് നിധാനം എന്ത് എന്നാണ് ഡ്രൈവ്സിന് പ്രേരകമായിട്ടുള്ളത് എന്ത് ഭഗവാൻ അതുകൊണ്ടാണ് അനിച്ചൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ചെയ്യുന്നു അതിന് ഉത്തരം ഭഗവാൻ പറയുന്നു നോക്കാൻ നമുക്ക് എന്താണ് ഭഗവാൻ പറയുന്നത് ശ്രീഭഗവേഷ ക്രോധയേഷജോ ഗുണമുദ്ഭവ മഹാശനോ മഹാപാത്മാ അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നു ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ മറുപടി പറഞ്ഞു കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശന വിദ്യേന ഇഹ വൈരിണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഏതൊന്നിനെ കുറിച്ചാണോ അർജുനൻ ചോദിച്ചത് അത് ഏഷ ഇത് നീ ചോദിച്ചില്ലേ എങ്ങനെയാണ് ഓരോരുത്തരും പാപം ചെയ്യുന്നത് എന്ന് അത് അതിന്റെ കാരണം ഏഷ ഇത് രജോഗുണ സമുഭവ രജോഗുണത്തിൽ രജോഗുണത്തിൽ സമുദ്ഭവിച്ചതാണ് രജോഗുണത്തിൽ നിന്ന് രഞ്ജനാത്മകമായ ആ താത്പര്യത്തിൽ നിന്നാണ് ഇത് ആവിർഭവിച്ചത് ഭഗവാൻ പറയാം രജോ ഗുണത്തിൽ എന്നിട്ടോ എന്താണിത് മഹാശനഹ ഇത് എത്ര ഭക്ഷിച്ചാലും മതിയാവാത്തതാണ് അതിനെത്ര കിട്ടിയാലും പോരാ എന്ന് പറയാം ആഗ്രഹമാണ് മഹാശന എത്ര കിട്ടിയാലും മതിയാവാത്തത് പാപ മഹാ എന്നുള്ളത് അവിടെയും പാപിയായിട്ടുള്ളതാണ് അതുപോലെ അങ്ങനെയുള്ള അതിൻ്റെ ഒരു വിശേഷണം പറഞ്ഞതാണ് ഭഗവാൻ എന്താണത് കാമ കാമമാകുന്നു അപ്പൊ ഇവിടെ ഓരോന്നും നടക്കുന്നതിൻ്റെ പിറകിൽ എന്താണ് കാമം ആഗ്രഹം അപ്പൊ ആഗ്രഹമാണ് ഓരോരുവനെയും ഓരോന്നും ചെയ്യിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ചോദ്യങ്ങൾ കിട്ടിയിരുന്നു കാമമാണോ ഒരുവനിൽ ക്രോധം ഉണ്ടാക്കുന്നത് ധ്യാനമാണോ ക്രോധം ഉണ്ടാക്കുന്നത് അതേ ആഗ്രഹമാണോ കാമമാണ് അതുകൊണ്ട് കാമം എന്നത് ഭാരതീയ ദർശനങ്ങളില് ആചാര്യന്മാര് കാമം നിഷിദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല കാമെന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് നമ്മുടെ മലയാളത്തിൽ പറയുന്ന കാമം ലൈംഗിക ആസക്തിയാണ് സംസ്കൃതത്തില് കാമശബ്ദത്തിന് ആഗ്രഹം എന്നാണ് മലയാളത്തിലെ കാമല്ല സംസ്കൃതത്തിലെ കാമം ചായ കുടിക്കണം എന്നത് എനിക്ക് കാമമാണ് എന്റെ കാമമാണ് എനിക്ക് ചായ കുടിക്കണം എന്നുള്ളത് മലയാളത്തിൽ ഇത് വേറൊരു സ്ഥലത്തേക്ക് മാത്രമാണ് പറയാറ് അത് സംസ്കൃതത്തിലെ ചില ശബ്ദങ്ങൾ സ്വാമി അറിയാതെ എന്താ പറയാ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഒരു സംശയം ഇതെന്ത് ഈ സ്വാമി ഇങ്ങനെ കാമം കാമം കാമം എന്ന് പറയുന്നത് ഇവര് ശരിയില്ലല്ലോ സ്വാമി അതെ ആളുകൾ ഇങ്ങനെ കണ്ടീഷൻഡാണെന്ന് പറയാം അവര് കേട്ടതൊക്കെ വെച്ചിരുന്നിട്ട് നമ്മളാണ് ഇതറിയാതെ ഇങ്ങനെ അടിച്ചുവിടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് സംസ്കൃത ശബ്ദങ്ങൾ മലയാളത്തിൽ അത് മലയാളം തന്നെയാണ് സംസ്കൃതം എന്നാലും ലൗകിക സംസ്കൃതവും വൈദിക സംസ്കൃതവും സംസ്കൃതത്തിന് തന്നെ പല ഭേദങ്ങളുണ്ട് അപ്പൊ കാമശബ്ദത്തിന് ആഗ്രഹം പല ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളാണ് ഒരുവനെ ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പൊ ആഗ്രഹങ്ങളുടെ പിറകെയാണ് അവൻ്റെ സഞ്ചാരം ഒരാഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് അവൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്യും ദിവസം എടുത്ത വർത്തമാന പത്രങ്ങൾ എടുത്ത് നോക്കിക്കോളും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ തുടർച്ചയായിട്ടുള്ള ബാക്കി ഭാഗം വരും നമുക്ക് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നൊക്കെയായിട്ട് കിട്ടും അപ്പൊ എല്ലാറ്റിലും അവസാനം എത്തി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും അല്ലേ ആരുടെയൊക്കെയോ ചില ആഗ്രഹങ്ങളായിരുന്നു എന്നാൽ ശരി സ്വാമി ആഗ്രഹത്തിനെതിരാണോ അല്ല അതാണ് പറയുന്നത് ആഗ്രഹത്തിന് ഭാരതം അല്ലെങ്കിൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ആചാര്യന്മാര് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ആഗ്രഹമില്ലാതെ സ്വാമി ജീവിക്കാൻ പറ്റുമോ ആഗ്രഹമില്ലാതെ ജീവിക്കാം അല്ല ആഗ്രഹത്തോടുകൂടിയും ജീവിക്കാം ആഗ്രഹം എന്നത് കാമം എന്നത് ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കണു പക്ഷേ അത് ആദ്യമല്ല ചതുർവിധ പുരുഷാർത്ഥത്തിൽ ഒന്നാമത്തെ പുരുഷാർത്ഥം ധർമ്മമാണ് രണ്ടാമത് അർത്ഥമാണ് മൂന്നാമത് കാമമാണ് നാലാമത് മോക്ഷം അപ്പൊ ധർമ്മമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ധാർമ്മികമായ കാമം ധർമാനുസൃതമായ കാമം നമ്മളാണെങ്കിലോ ഈ ആഗ്രഹങ്ങൾ കൊടുക്കലാണ് നമ്മുടെ ജോലി തന്നെ കുട്ടികളെ തന്നെ ആഗ്രഹിപ്പിക്കില്ലയോ പലതും പറഞ്ഞിട്ട് ഇല്ലേ അങ്ങനെയൊക്കെ ഞാൻ ചോക്ലേറ്റ് തരാം തരൂ ചോക്ലേറ്റ് തരൂ ഉറപ്പ ഉറപ്പ് പിന്നെ കാലു മാറരുതേ അല്ലേ എത്ര ചോക്ലേറ്റ് തരും ഒരു ചോക്ലേറ്റ് അങ്ങനെ ഒരു ആഗ്രഹത്തെ ജനിപ്പിക്കുക ആ കാരണം അവന് അവനത് കിട്ടിയാൽ വേണമെന്നുണ്ട് അങ്ങനെ ഈ ഇങ്ങനെ ഈ ആഗ്രഹങ്ങളൊക്കെ കൊടുക്കുമ്പം ചിലപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം ചിലപ്പോ അതിൽ തന്നെ നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്ന് വരും ഒരു ഒരു കുട്ടി ഇതുപോലെ ഒരു കുട്ടിയെ തൽക്കാലം ആ ചുറ്റുപാടിൽ നിന്ന് മാറ്റി നിർത്തണം എന്തിനാന്ന് പറഞ്ഞാലോ ഒരാള് അയാളുടെ വിവാഹം നിശ്ചയിച്ചു അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി അവരുടെ റിലേഷനാണ് ആള് വിദേശത്താണ് അപ്പൊ വിദേശത്തു നിന്ന് വന്ന് ആ കുടുംബക്കാരൊക്കെ ആലോചിച്ചു അവരെ വിവാഹം നിശ്ചയിച്ചു അപ്പൊ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ് രണ്ടുപേർക്കും മുൻപേ അറിയുന്നതാണ് വലിയ സന്തോഷമായി അങ്ങനെ ഇയാള് പോവാണ് വിദേശത്തേക്ക് പോവാ അപ്പൊ പോകുന്നത് പറ യാത്ര പറയാനും എല്ലാം കൂടെ ആയിട്ട് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നതാണ് നല്ല കാലത്തിന് കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നുമില്ല ഈ കുട്ടിയുടെ അനുജനും കുട്ടിയും മാത്രമുണ്ട് അവർ രണ്ടുപേരിങ്ങനെ സംസാരിക്കുക അപ്പൊ ഇയാൾ വിചാരിച്ചാവും നന്നായി കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുമല്ലോ നല്ല ഇതുള്ളതാ അപ്പൊ ഇവനെ തൽക്കാലം അവിടുന്ന് ഒഴിവാക്കണം ആരെ ഈ അനുജനെ അപ്പൊ അവനോട് പറഞ്ഞു മോനെ മോൻ പോയിട്ട് ആ മുകളിലേയും എന്താ മോളിൽ പോയിട്ട് പിന്നെ ഈ അവിടെ നമ്മുടെ താഴെ ബാൽക്കണി ഇവിടേക്ക് നോക്കിയാലേ റോട്ടിലേക്ക് നോക്കിയാൽ ഒരു ചുവന്ന തൊപ്പി വെച്ച് ഒരാൾ വരുന്നുണ്ടാവും അയാളെ കണ്ട അങ്കിളിനോട് പറയും അപ്പൊ ചോദിച്ചു ഞാൻ ഒരു ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവൻ അവിടെ പോയി പെട്ടെന്ന് തന്നെ ഇവൻ തിരിച്ചിറങ്ങിയിട്ട് ചോദിച്ചു ഒരാളെ കണ്ടാല് അതെ ഒരു ചോക്ലേറ്റ് രണ്ട് തൊപ്പി വെച്ച ആളെ കണ്ടാലോ അപ്പൊ അയാൾ ചോദിച്ചു എന്തായാലും രണ്ട് എന്നാ ശരി ആൾക്ക് വീതം ഓരോ ചോക്ലേറ്റ് അപ്പൊ അവൻ പറഞ്ഞു വേഗം വരാൻ കാരണം ഡിവൈഫയുടെ ജാഥ പോവുക അവന് വലിയൊരു ഭാഗ്യം വേഗം വരൂ വേഗം വരൂ നിറയെ ആൾക്കാരതാ പോകണമെന്ന് പറയും അവനവട്ട് വിശ്വസിക്കാൻ പറ്റില്ല അത് കണ്ടപ്പം ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ കുട്ടികളെ തന്നെ ആഗ്രഹിപ്പിക്കില്ല പലതും പറഞ്ഞിട്ട് ഗണപതി ഇതിൻ്റെ ഉത്തമ എന്താ ദൃഷ്ടാന്തമാണ് ഗണപതിയുടെ വാഹനം എലിയാണ് അല്ലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ് ഇത്രയും ഗ്രഹങ്ങളാകുന്ന വാഹനങ്ങളിലാണ് നാം യാത്ര ചെയ്യുന്നത് ഗീത കേൾക്കണം അറിയണം എന്ന ആഗ്രഹമാണ് ആ ആഗ്രഹത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എവിടെയും ആളുകൾ പോകുന്നത് ഈ ആഗ്രഹത്തിലാണ് യാത്ര ചെയ്യുന്നത് ഗംഭീരമാണ് എലിയാണ് ആഗ്രഹം എന്താണ് ആഗ്രഹങ്ങളുടെ സ്വഭാവം കാർന്ന് തിന്ന എലി അങ്ങനെയാണ് കാർന്ന് തിന്ന പക്ഷേ ഗണപതിയുടെ എലി ഗണപതിയുടെ സമ്മതമില്ലാതെ തിന്നില്ല അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഗണപതി തിന്നുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അതങ്ങനെ ലഡു മോദകങ്ങനെ എടുത്ത് എപ്പോഴാ ഗണപതി പറയുന്നത് കാത്തിരിക്കുക നമ്മുടെ അറിവ് കൂടാതെ ആഗ്രഹങ്ങൾ അതിൻ്റെ മുകളിൽ നമ്മൾ യാത്ര ചെയ്യില്ല എന്ന് പറയാം ഒരു സിദ്ധ പുരുഷന്റെ നമുക്ക് ആയിത്തീരേണ്ട ഒന്നാണ് ഗണപതി അതുകൊണ്ട് മനസ്സ് ബുദ്ധി രണ്ട് കാലുകളാണ് മനസ്ബുദ്ധി അതുകൊണ്ട് ഒരു കാലം ഒരു കാലിൽ പിണച്ചു വയ്ക്കും ഗണപതി മനോബുദ്ധികളെ ഏകമാക്കിയാൽ ആഗ്രഹങ്ങൾക്ക് അടക്കമുണ്ടാവും ആഗ്രഹങ്ങൾ വിനയാന്വതനായിട്ട് തൊഴുകൈകോടുകൂടിയിട്ട് അവിടെ നിൽക്കും ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നത് ലോകത്തിനു പോലും അനുഗ്രഹമാകും ഗണപതിയുടെ കഥ തന്നെ അതാണ് വറുത്ത എന്താ മലരു കൊടുത്ത് ശാന്തനായി എന്ന് പറയുന്നതൊക്കെ വലിയ അത് വലിയൊരു എന്താ അതിൽ നിറയെ തത്വങ്ങളാണ് സ്വാമിയുടെ നല്ലൊരു പുസ്തകമുണ്ട് ആർട്ട് ഓഫ് ഗോഡ് സിംബോളിസം ചുന്മാൻ സ്വാമികളുടെ വേറെ ഈ നിങ്ങൾക്ക് പുസ്തകം കിട്ടും സിംബോളിസം ഇൻ ഹിന്ദുയിസം എന്ന് പറഞ്ഞുകൊണ്ട് തേജോമാനന്ദ സ്വാമികളുടെ ഇതിലൊക്കെ നമ്മുടെ ദേവതകളുടെ ആ രൂപം രൂപം ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു സരസ്വതി താമരയിലിരിക്കണു താഴ്ന്നു പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ നിസ്സംഗതയിലാണ് നാം ഇരിക്കേണ്ടത് ഡിറ്റാച്ച്മെന്റിൽ ഇരുന്നാൽ താഴില്ല അപ്പൊ നമ്മുടെ മനസ്സ് ഇത് കാണുമ്പോൾ ആലോചിക്കും ഇതെന്താ ഇങ്ങനെ അപ്പൊ ബുദ്ധി സ്വീകരിക്കാൻ തയ്യാറാവും അപ്പം മനസ്സിനെ നിശ്ചലമാക്കി ബുദ്ധിയോട് സംസാരിച്ചവരായിരുന്നു പൂർവികന്മാർ അപ്പൊ കാമം എന്നത് നമ്മെയും എന്താ പറയുക തിന്നുന്നതാണ് അത് തിന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം ധർമാനുസൃതമായിരിക്കണം കാമം അപ്പൊ ഒന്നാമത്തെ പുരുഷാർത്ഥത്തിൽ നിന്നുകൊണ്ട് വേണം മൂന്നാമത്തെ പുരുഷാർത്ഥമായ കാമത്തെ രണ്ടാമത്തെ അർത്ഥത്തെയും നേടേണ്ടത് തന്നെയാണ് അപ്പൊ ഏത് ആഗ്രഹങ്ങളും ധർമ്മവുമായി ചേർത്ത് വെച്ച് നോക്കുക ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്റെ ആഗ്രഹത്തെ ീ സവാള തക്കാളി ഇതൊക്കെ ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് അടിയിലൊരു ബേസ് വെക്കില്ലേ എന്നിട്ടല്ലേ എടുത്ത് അരിയുക ധർമ്മമാകുന്ന ബേസിലേക്ക് ഈ ആഗ്രഹത്തിന് എടുത്തു വയ്ക്കുക എന്നിട്ട് നോക്കുക വേണോ വേണ്ടെന്ന് എന്റെ ആഗ്രഹങ്ങൾ ധർമാനുസൃതമാണോ അപ്പൊ ധർമാനുസൃതമായിട്ട് നിങ്ങൾക്ക് എത്ര ധനം വേണമെങ്കിലും സമ്പാദിക്കാം ധർമാനുസൃതമായ കാമങ്ങൾ എത്ര വേണമെങ്കിലും ആവാം അതിനെ ആരും അതിനാരും തടസ്സം നിൽക്കുന്നില്ല എന്ന് പറയും പക്ഷേ ഇതോ രജോ ഗുണത്തിൽ നിന്നും ആവേശിക്കപ്പെട്ടു കഴിഞ്ഞു അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് ക്രോധം വിദ്വേഷം ക്രോധ അതുകൊണ്ട് അർജുന ഏനം ഇഹ വൈരിണം വിധി ഭഗവാൻ ആദ്യം തന്നെ ശത്രുവിനെ കാണിച്ചു കൊടുക്കുന്നു ദുര്യോധന്റെ നേരെയല്ല പറഞ്ഞത് ദുഃശാസനന്റെ നേരെയോ ശകുനിമാമന്റെ നേരെയോ അല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെയോ ഇഹ ഇവിടെ ഇവിടെ ഇപ്പോൾ നിന്റെ ശത്രുവായി വൈരിണം ശത്രുവായിട്ട് വിധി നീ അറിയണം ഏതിനെ അറിയണം ഈ ആഗ്രഹത്തെ അപ്പൊ ആഗ്രഹം തന്നെയാണ് അർജുനന് ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതാണ് നിന്റെ ശത്രു എന്ന് നീ ും നമുക്ക് എന്തെങ്കിലൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിച്ചേരും എത്താതിരിക്കില്ല ഏത് കാര്യത്തിനും നിങ്ങൾ പ്രത്യക്ഷ പെട്ടെന്ന് നിങ്ങൾ ഉപരിപ്ലവമായിട്ട് നമ്മൾ പറയും നോക്കൂ അയാൾ പാവം അയാൾക്ക് ഈ ഗതി വന്നില്ലേ പലപ്പോഴും എന്തൊക്കെയോ ചില ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനായിട്ട് നാം തെറ്റായ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിക്കും അതുപോലെ വെറുതെയാണെങ്കിൽ പോലും നമ്മളോട് ഈ അടുത്ത് ചോദിച്ചു സ്വാമിജി ഇങ്ങനെ ഈ ഒരു ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ ഉരുട്ടിക്കൊന്നുമല്ലോ തിരുവനന്തപുരത്ത് അദ്ദേഹം ഭാവം ജോലിയൊക്കെ കഴിഞ്ഞ് സുഹൃത്തിൻ്റെ കൂടെ എവിടെയോ ഇരിക്കുകയായിരുന്നു പാർക്കിലിരിക്കുകയായിരുന്നു നമ്മൾ പോലീസിനെ ന്യായീകരിക്കുകയോ ഒന്നുമല്ല നമ്മുടെ ഈ ലോകത്ത് ഈ ജീവിക്കുമ്പം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാപൂർവം ജീവിക്കണം ഇത് പഴയ അല്ലെങ്കിൽ പഴയ കാലാണെങ്കിലും ഏത് കാലത്തും പണ്ടും അങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോകും അല്ല നരബലിക്കും ഇന്നത് മാറിയിട്ടുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക പണ്ട് കൽപ്രതിമകൾക്ക് മുൻപിലായിരുന്നു നരബലി നടന്നിരുന്നതെങ്കിൽ ഇന്ന് രാഷ്ട്രീയ കൊടികടികൾക്ക് മുൻപിലാണ് അത് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നരബലിക്ക് കുറവൊന്നുമില്ല അന്നുണ്ട് അന്ന് അന്ധമായ ചില പ്രമാണങ്ങൾക്ക് മുൻപില് വിശ്വാസങ്ങൾക്ക് മുൻപില് മനുഷ്യനെ വളരെ ദാരുണമായി കൊന്നിരുന്നുവെങ്കില് കൊല്ലലിന് ഇന്നും ഒരു കുറവുമില്ല ഒരു കുറവുമില്ല ബിംബം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ കൽപ്രതിമ മാറി പകരം വേറെ എന്തെങ്കിലും കൊടിയടയാളങ്ങളൊക്കെ വരൂ അവിടെ അത്രയുള്ളൂ നമ്മൾ വിചാരിക്കേണ്ട പുരോഗമിച്ചു എന്നൊന്നും അപ്പൊ നാം കഴിയുന്ന ചുറ്റുപാടിൽ നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയുള്ളവരായിരിക്കണം അതുകൊണ്ട് രാത്രി ആ സമയത്ത് ഒരാവശ്യമില്ലാതെ അവിടെ ഇവിടെയും പോയി ഇരിക്കുക അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ എന്തൊക്കെയോ ചില ആഗ്രഹങ്ങൾ നിവർത്തിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ളതിൽ പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാം കർമ്മത്തിന് ബലമുണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിലും ഉണ്ടല്ലോ സ്വാമി വീട്ടിലിരിക്കുന്നത് പിടിച്ചു കൊണ്ടുപോകുന്നത് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും ഏതായാലും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടിയിരിക്കണം ഏതിൻ്റെ കാര്യത്തിൽ ഈ കാമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടിയിരിക്കണം ഏതിൻ്റെ കാര്യത്തിൽ ഈ കാമത്തിൻ്റെ കാര്യത്തിൽ പല ആഗ്രഹങ്ങളുടെ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ജോലി എന്ന് പറയുമ്പോഴേക്കും ഓടി അത് ചെയ്തു ഇത് ചെയ്തു ഞാനത് ചെയ്യാം ഇത് ചെയ്യാം എന്നാൽ ഈ സൂട്ട് കേസ് കൊണ്ടു കൊടുക്കും എന്നാൽ ശരി എന്താ ഏതാണെന്നറിയാതെ എടുത്തു പോവുക കൊണ്ടു കൊടുക്കുക എന്തൊക്കെയോ ചില ആഗ്രഹങ്ങളുണ്ട് തനിക്ക് നിവർത്തിച്ചു കിട്ടേണ്ടത് അതിന് ശരിയായിട്ടുള്ള വഴിയിൽ പോയാൽ കിട്ടില്ല എന്നറിയാം അപ്പം പോവാം എന്നിട്ട് അതിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാലോ അയ്യോ ഞാൻ പാവ എനിക്കൊന്നും അറിയില്ലായിരുന്നു ശരിയാണ് പക്ഷേ നിനക്ക് ഒടുങ്ങാത്ത കാമുണ്ടായിരുന്നു ബാഹ്യമായി നീ നിരപരാധിയാണ് മോനെ പക്ഷേ നിന്നിലെ കാമത്തിൻ്റെ അളവുണ്ടല്ലോ അത് കുറച്ചൊന്നും ആയിരുന്നില്ല എല്ലാ പ്രശ്നങ്ങൾക്കും നിദാനമായിട്ട് നിലകൊള്ളുന്നത് ഇതാണ് ഇത് ഇല്ലാത്തവന് പിന്നെ ആരെയൊന്നും പേടിക്കേണ്ട എന്ന് പറയുക പോലീസ് പിടിച്ചുകൊണ്ടായാലും കുഴപ്പമില്ല ഉരുട്ടിയാലും കുഴപ്പമില്ല കാരണം ഉരുട്ടാൻ തോന്നില്ല അവനെ കൊണ്ട് ചപ്പാത്തി ഉരുട്ടിക്കാൻ തോന്നും അവർക്ക് വേണ്ടിയിട്ട് കാമത്തെ ജയിക്കേണ്ടതുണ്ട് കാമമാണ് നിന്റെ ശത്രു ഇവിടെ ഇപ്പോൾ അറിഞ്ഞുകൊള്ളൂ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമാനുസൃതമല്ലാത്ത ആഗ്രഹങ്ങൾ ഏതാഗ്രഹവും എനിക്ക് എന്താ സാധിക്കേണ്ടതാണോ ആ ആഗ്രഹത്ത് ആ ആഗ്രഹമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അതിനെ ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം ധർമാനുസൃതമാണോ ആലോചിച്ചോളാം പരീക്ഷയിൽ റാങ്ക് വേണമെന്ന ആഗ്രഹമുണ്ട് ശരി വന്ന സമയത്ത് പൂജ്യം പൂജ്യം പൂജ്യമാണ് എന്നാൽ ഇപ്പുറത്തൊരു വേറൊരു സംഖ്യയിട്ട് പൂജ്യത്തിന് വില കൊടുക്കാം വില കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന വിഷമങ്ങളൊക്കെ എന്തൊക്കെയാണ് അല്ലെ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് സ്വാമി അതിനെ വിസ്തരിച്ച് ഉദാഹരിക്കേണ്ട ആവശ്യമില്ല ഏതായാലും ചെന്നെത്തുന്നത് ഇവിടെയാണോ എന്ന് പറയാം എങ്ങനെ കാമം ഇരിക്കുന്നു ഗംഭീരമായ ഉദാഹരണം ഭഗവാൻ നിരത്തുന്നു അതായത് വ്യാസ അല്ലെങ്കിൽ അതെ ഇതിൽ നമ്മൾ കാണുക അതാണല്ലോ ആ ഒരു കവിയുടെ കവിത്വം എങ്ങനെയാണ് കാമം ആവൃതമായിരിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് വിസ്തരിക്കണം നോക്കാം എവിടെയൊക്കെയാണ് ധൂമേനർഭാദമാവൃതം ധൂമേന ആവ്രിതേ വന്നി യഥാദർശ യദാ ചൽബേന ആവൃത ഗർഭ തദാ തേന ഇതം ആവൃതം ദൂമേന ആവൃയത വന്നിഹി വന്നിഹി ദൂമേന അഗ്നി പുകയാൽ അഗ്നി പുകയാൽ മറയ്ക്കപ്പെട്ടിരിക്കണോ ധൂമേന എന്ന് പറയുമ്പം ധൂമത്തിന് ചാരമെന്നും കൂടെ ഒരു അർത്ഥമുണ്ട് ചാരം പുക അപ്പൊ ചാരത്താൽ മറഞ്ഞിരിക്കുന്ന അഗ്നി ചാരം നീക്കണം എന്നാലേ അഗ്നിയെ കാണും അതുപോലെ ആദർശ മലേനച്ച ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി കണ്ണാടി അഴുക്ക് മലം എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ അഴുക്ക് ഇതും സം സംസ്കൃതത്തിലെ മലം എന്ന് പറഞ്ഞ അഴുക്ക് കൊടിപടലങ്ങൾ യഥാ ആവ്രിയതേ എപ്രകാരം മറയ്ക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ഗർഭ ഉൽബേന ഉൽബേന ഗർഭ ഗർഭസ്ഥ ശിശുവിനെ അതിന്റെ ചർമ്മം അതിനെന്താ മറുപിള്ള എന്നൊക്കെ പറയുമല്ലോ ആ ചർമ്മത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഗർഭം ഗർഭസ്ഥ ശിശു യഥാ ആവൃത എപ്രകാരം മറയ്ക്കപ്പെട്ടിരിക്കുന്നുവോ തഥാ ഇതം തേന ആവൃതം അതുപോലെ ഇത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇതെന്താ സ്വാമി മൂന്ന് മറകളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മൂന്ന് പ്രകാരത്തിലുള്ള മറകൾ അജ്ഞാനം ആവൃതമായിട്ടിരിക്കുകയാണ് ജ്ഞാനം ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു ഈശാവാസ്യ ഉപനിഷത്തില് ഒരു മന്ത്രമുണ്ട് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയിൽ സത്യത്തിന്റെ മുഖം മറച്ചിരിക്കുന്നത് സ്വർണ്ണ നിർമ്മിതമെന്ന മൂടികൊണ്ടാണ് ഉപനിഷത്ത് പറയുമ്പോ അങ്ങനെയാ പറയണം അതുകൊണ്ട് ഹേ പൂഷൻ സത്യധർമ്മായ സത്യത്തെ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ള എനിക്കായിക്കൊണ്ട് അപാവൃണു മാറ്റിയാൽ എന്നാണ് ഇവിടെ പറയുന്നു ഈ മൂന്ന് പ്രകാരത്തിൽ അഗ്നി പുകയാൽ ചാരത്താൽ മറയ്ക്കപ്പെട്ടതുപോലെ കണ്ണാടിയിൽ അഴുക്ക് പിടിച്ച് മറയ്ക്കപ്പെട്ടതുപോലെ അതുപോലെ ആവ്രിയ എന്താ ഗർഭ ഉൽബേന ആവ്രിയത് ഏത് പ്രകാരം ഗർഭസ്ഥ ശിശു മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇതുപോലെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അജ്ഞാനം നിലകൊള്ളുന്നത് മൂന്ന് തലങ്ങളിലാണ് ഏതൊക്കെയാണ് മൂന്ന് തലങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ദ്രിയ രണ്ട് മനോ മനസ്സിന്റെ തലത്തില് മൂന്ന് ബുദ്ധിയുടെ തലത്തില് ഇങ്ങനെ ഇന്ദ്രിയ മനോ ബുദ്ധി തലങ്ങളിൽ അജ്ഞാനം ആവൃതമായി നിലകൊള്ളുന്നു അതുകൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ വന്യഹി ധൂമേന എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ളതാണ് ബുദ്ധിയിൽ കാര്യം നീങ്ങിക്കിട്ടുന്നത് ഇങ്ങനെയാണ് അതൊന്ന് ഊതിയാൽ മതി ഒരു ഊതലിൻ്റെ ആവശ്യമേ ഉള്ളൂ അതൊരു ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ പോവും അപ്പം പ്രകടമാവും ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല അഗ്നി ഉണ്ടെന്ന് കാണില്ല അതുകൊണ്ട് എന്ത് വേണം അതിനെ ഒന്ന് ഊതണം ഊതിക്കഴിഞ്ഞാൽ അഗ്നി പ്രകടമാകും ബുദ്ധിതനത്തിലുള്ള അജ്ഞാനം നീങ്ങാൻ ഇത്രയേ വേണ്ടു ഊതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഊതി കിട്ടില്ല കാരണം അത്രയും ആവശ്യമുള്ളൂ എന്ന് പറയാം അതൂതൽ എപ്പോഴാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു മനസ്സിലാക്കല ഒരു നീങ്ങിപ്പോവല രണ്ടാമത്തതോ ആദർശ മലേനച്ച എന്നുള്ളത് ആത്മപ്രതിബിംബത്തെ മനസ്സിൽ മറയ്ക്കപ്പെടുന്നു മനസ്സിൻ്റെ മറവാണ് മനസ്സിൽ ആവൃതമായിരിക്കുന്നതാണ് കണ്ണാടിയിൽ അഴുക്ക് എന്നത് കണ്ണാടിയിലെ അഴുക്ക് പോകാൻ ഊതിയാ പോരാ പിന്നെയോ കുറച്ചൊന്ന് തുടയ്ക്കേണ്ടതുണ്ട് ചെറിയ പ്രയത്നം എന്ന് പറഞ്ഞാൽ സാധനകളൊക്കെ ആവശ്യമാണ് വളരെ കുറച്ചെങ്കിൽ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ കാണാം മറ്റത് കരി അഗ്നി തുടയ്ക്കാൻ പറ്റില്ല തുടയ്ക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തതോ ഗർഭസ്ഥ ശിശു ആവരണം ആ ചർമ്മത്താൽ ആവരണം എന്നത് അതിനെ തുടയ്ക്കാനോ ഊതാനോ പറ്റില്ല പിന്നെയോ അവിടെ കാലം ആ മറയെ തീർക്കുന്നു കാലം മറ ഇല്ലാതെയാക്കുന്നു പത്തു മാസം ഇല്ലേ അത് കഴിഞ്ഞാൽ ആ ആവരണത്തിൽ നിന്നത് പുറത്തേക്ക് വരും അതുകൊണ്ട് ഇന്ദ്രിയ തലത്തിലുള്ള അജ്ഞാനം നീങ്ങാൻ ചില അനുഭവങ്ങളൊക്കെ ആവശ്യമാണ് ഇന്ദ്രിയതലത്തിലുള്ള അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു ഗർഭസ്ഥ ശിശുവിനെ ആവരണം മറച്ചിരിക്കുന്നതായിട്ട് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക ഈ ആ ഗർഭത്തിൽ നിന്നത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സഹജമായ ഭാവത്തെ ആ എന്താ മനുഷ്യക്കുട്ടിയാണ് ഈ മനുഷ്യക്കുട്ടി അത് അതിനെ സ്വീകരിച്ചുകൊണ്ട് അത് വളർ വളർന്നു വലുതാവും അപ്പൊ അത് മറക്ക മറച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന എന്ത് എന്ത് ഭംഗിയായിട്ടാ അല്ലേ അപ്പൊ ഇന്ദ്രിയ തലത്തില് മന മനസ്സിന്റെ തലത്തില് ബുദ്ധിയുടെ തലത്തില് ഇന്ദ്രിയത്തിന്റെ തലത്തിൽ തന്നെ പല അനുഭവങ്ങളും സത്യമാണോ സത്യമല്ലേ എന്നറിയണമെങ്കില് നമുക്ക് കാലം വേണ്ടി വരും ചിലപ്പോ കാലങ്ങളെ കൊണ്ടാ നമ്മളത് അറിയാം മനസ്സിൻ്റെ അത് കുറച്ച് പ്രയത്നം ആവശ്യമാണ് ബുദ്ധിയുടെതോ പെട്ടെന്നൊരു നീങ്ങല എങ്ങനെ ഈ ബുദ്ധിയുടെത് ബുദ്ധിയുടെ അറിഞ്ഞ ബുദ്ധിയുടെ ഇതിൽ അറിയേണ്ടതായിട്ട് പിന്നെയും കുറച്ചെങ്കിലും ഒരു വിശദീകരിക്കേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിർത്തി വണ്ടി അപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോം എന്താ വെള്ളം മേടിക്കാൻ വേണ്ടി പോയി ആ സമയത്ത് വേറൊരു ട്രെയിൻ അപ്പുറം വന്നു നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മക്കളെ അച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ട് വെള്ളം മേടിക്കാൻ അപ്പൊ നോക്കുമ്പോ നമ്മുടെ ട്രെയിൻ ഇളകി നമ്മൾ പെട്ടെന്ന് അയ്യോ അച്ഛൻ കയറിയോ ഇന്ന് നോക്കുമ്പോൾ ട്രെയിൻ ഇളകിയിട്ടില്ല അല്ലെ അപ്പൊ ഇങ്ങോട്ട് നോക്കിയപ്പം ട്രെയിൻ ഇളകിയതായിട്ട് നമുക്ക് തോന്നിയതിന് കാരണം ഇളകുന്ന ഒന്നുമായി ചേർത്ത് വെച്ച് നമ്മുടെ ട്രെയിനിനെ നാം വിശകലനം ചെയ്യും അങ്ങനെ നമ്മളൊരു പണിയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് നമുക്ക് നമ്മുടെ അനുഭവം അതാണ് നമ്മുടെ ട്രെയിൻ ഇളകിയത് ഇവിടേക്ക് നോക്കിയപ്പം നമ്മുടെ ട്രെയിൻ ഇളകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ടു ഈ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും ഈ ട്രെയിൻ ഇളകുന്നത് തന്നെ നമുക്ക് വീണ്ടും ഭാവനയിൽ വരും പക്ഷേ ആ സമയത്ത് നമ്മൾ അറിയുന്നുണ്ട് ഇതല്ല പോകുന്നത് അതാണ് പോകുന്നത് ഇതൊരു നീങ്ങലാണ് എങ്ങനെയാണോ ഈ ചാരം ഒന്ന് ഊതിയപ്പം പോയത് ഇതുപോലെ വെളിപ്പെട്ട് കിട്ടുന്നത് ഇതുപോലെയാണ് ക്രമാനുഗതമായിട്ടല്ല ഒരു പ്രകടമാവലാണ് മനസ്സിൽ മനസ്സിലുള്ളതൊക്കെ നീങ്ങാൻ കുറച്ച് എന്താ പറയാ പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പറയാം കുറച്ചൊരു പ്രയത്നം ഇതൊരു ക്രമത്തിലുള്ള ഒരു പോക്ക ഇവിടെ ഇങ്ങനെ മറ്റൊന്ന് നോക്കുമ്പോ ഒരു ക്രമവും ഇല്ല ഏതും സംഭവിക്കാം എന്ന് പറയാം അപ്പൊ ഈ മൂന്നിലുണ്ട് എങ്കിലോ മൂന്നിലുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് കാര്യം മൂന്നിലും എല്ലാം എല്ലാ പ്രകാരത്തിലും ഉണ്ട് അതൊരു സത്യം അപ്പൊ അതിൽ നിന്ന് ഒരു രക്ഷ ഇല്ല എങ്കില് ഇങ്ങനെ മറഞ്ഞിരിക്കുക ഇതാണ് ബന്ധനം ഇതിലാണ് അറിവ് മറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളില് മനസ്സില് ബുദ്ധിയില് അപ്പൊ ഇതിനെ അതിവർത്തിച്ച് പുറത്തേക്ക് വര വരേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല ആര് ഇതിനെ അതിവർത്തിച്ചു ചിലപ്പോ ചില കുട്ടികൾക്കൊക്കെ കുട്ടികള് അങ്ങനെയുള്ളവരൊക്കെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഇപ്പോഴൊക്കെ ഈ കുട്ടികളോട് ഈശ്വരന്റെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ചിലപ്പോ അവര് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളോട് പറയും അമ്മ ഏത് ഈശ്വരനെ കുറിച്ചാ എന്നൊക്കെ പറഞ്ഞാൽ അവര് കുറച്ച് കാര്യങ്ങൾ പറയും അപ്പോ നമുക്ക് പിന്നെ സംശയേ ഒരച്ഛൻ മകനോട് പറഞ്ഞു മോനെ നിനക്ക് ഈ എന്താ പറയാ ഊളമ്പാറയിൽ കൊണ്ടുപോകേണ്ട രോഗമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാ പിന്നെ വല്ല ആശ്രമത്തിൽ ചേർക്കാനുള്ള ഒരു ഉൾവലിയൽ അത്ര ഒരു ജ്ഞാനം നിനക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് ഒരച്ഛൻ മകനോട് പറഞ്ഞു സൂഫി സന്യാസത്തിലൊരു കഥയാണ് ഒരു സൂഫി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നതാ അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ഛ ഒരിക്കലൊരാൾ നല്ല ഗംഭീര കഥയട്ടോ ഒരിക്കലൊരാൾ നമുക്ക് വളരെ എന്താ ഇതായിട്ട് തോന്നിയതാണ് ഒരിക്കലൊരാൾ കോഴിയെ വിരിയിപ്പിക്കുന്ന കോഴിയെ വിരിയിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു താറാവിൻ്റെ മുട്ടയും വെച്ചു അങ്ങനെ തള്ളക്കോഴി അടയിരുന്നിട്ട് മുട്ട വിരിഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം താറാവിൻ്റെ കുട്ടിയും വിരിഞ്ഞു അങ്ങനെ ഈ തള്ളക്കോഴിയും കുട്ടിക്കോഴികളും കൂടെ ഇങ്ങനെ നടക്കുക നടന്ന് നടന്ന് നടന്ന് നടന്നിട്ട് ഒരു ചെറിയ തടാകത്തിൻ്റെ അടുത്തെത്തി അവിടെ എത്തിയപ്പം താറാവിൻ്റെ കുട്ടി ഇറങ്ങിയ ഒരൊറ്റ പോക്ക് തള്ളക്കോഴി അന്തം ഇട്ട് നിന്ന് ഇവനേത് അച്ഛ ഞാൻ എൻ്റെ ആഴിയിലേക്ക് ഇതാ ഇറങ്ങി അച്ഛൻ കരയിൽ നിന്നിട്ട് എന്താ ചെയ്യുക എനിക്ക് അച്ഛനോട് വേണ്ടി ഒന്നും ചെയ്തു തരാനില്ല എന്നുള്ളത് അപ്പൊ ചില സമയത്ത് നമുക്കിത് നീങ്ങേണ്ടി വരും മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും ഒക്കെ ഈ അജ്ഞാനം ആവൃതമായി നിൽക്കുക ആരിൽ എവിടെയൊക്കെ നീങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആരെയും അളന്ന് മുറിച്ചു വെക്കേണ്ട കാരണം ഇവനെങ്ങനെ ഇത്ര ഇതൊക്കെ പറയാൻ പാകത്തിന് കാരണം ഇവൻ ഗീതാ ക്ലാസിൽ ഇതുവരെ പോയിട്ടില്ല സത്സംഗത്തിനൊന്നും പോയിട്ടില്ല ഒന്നുമില്ല പിന്നെ ഇവൻ ഇതെങ്ങനെ പറയും അതുകൊണ്ട് ഇവനത് കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഒരു സ്വാമിയുടെ സമ്പർക്കം ആശ്രമത്തിലെ സമ്പർക്കം നിരന്തര സത്സംഗം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന് സത്യം വെളിപ്പെട്ട് കിട്ടൂ എന്നൊക്കെയുള്ള ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് ഇതേ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയിൽ നിന്ന് ഇതെല്ലാം മാറാം ഈ അറിവിലേക്ക് ഉണരാം ഒരുവൻ അപ്പൊ ഇത് ഈ മൂന്ന് പ്രകാരത്തിൽ ഈ അജ്ഞാനം ആവൃതമായി നിലകൊള്ളുന്നു അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ആ എന്താ പറയുക ശക്തി സ്രോതസ് അല്ലെങ്കിൽ ആ ജ്ഞാനം ഇരിക്കണോ ആ ജ്ഞാനം ഓരോരുത്തരിലും ഓരോ പ്രകാരത്തിൽ അപ്പം നാം പ്രയത്നിച്ചാൽ മാത്രമേ അത് നീങ്ങുള്ളൂ അതിൽ ഒരുവന് ആ ജ്ഞാനത്തെ എന്താ പറയുക പ്രോജ്ജലിപ്പിക്കാം നന്നായിട്ട് ജ്വലിപ്പിക്കാം ഒരുവനോ മനപൂർവം അതിനെ ഒന്നും ചെയ്യാതിരിക്കാം അതുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് എപ്പോഴും ഇത് പറയുന്നത് അഗ്നിയുമേന്തി വന്നവരാണ് നാം അറിവ് തന്നെ അദ്ദേഹം അഗ്നി എന്ന് പറയുന്നത് അതിന് നമുക്ക് ചിറകുകൾ കൊടുക്കണം അതിനെ നമ്മൾ ഈ അരണി കടയുന്നത് തന്നെ പ്രതീകാത്മകമായിട്ട് അതാണ് അരണി ജ്വലിപ്പിക്കുന്നത് ഈ രണ്ടരണികൾ കടഞ്ഞുകൊണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ഈ ഞാനാഗ്നിയെ ജ്വലിപ്പിക്കലാണ് അതിങ്ങനെ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയാ നാം എത്രത്തോളം അതിൽ വ്യാപൃതരാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ അതാണ് ഇവിടെ വിഷയം അതുകൊണ്ട് ഭഗവാൻ തുടർന്ന് പറയാം ആവൃതം ജ്ഞാനമേനോ നിത്യവൈരി അതുകൊണ്ട് ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനത്യവൈരിണ കാമൂപേണ ഹേ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച അല്ലയോ കുന്തിപുത്ര അർജുന ജ്ഞാനിനിക്ക് നിത്യവൈരിണ ദിവസവുമുള്ള ശത്രുവ അവന്റെ നിത്യശത്രുവായി നിത്യവൈരിണ നിരന്തരം അവനെ എന്താ പറയാ അവൻ അവനെ ഈ സത്യത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി നിലകൊള്ളുന്നത് ദുഷ്പൂരേണ നിറയ്ക്കാൻ പ്രയാസമുള്ളത് ദുഷ്പൂരേണ രാജകൊട്ടാരത്തിലെ ബാർബറുടെ കഥ കേട്ടിട്ടില്ലേ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ബാർബർ രാജാവിനോട് പറയും ശമ്പളം പോരാ ശമ്പളം പോരാ ബാർബർ എന്നാ ശരി അല്ല രാജാവ് ശരി ഇവനെ കുറച്ച് കൂട്ടി കൊടുക്കാം കൂട്ടി കൊടുക്കാം അങ്ങനെ കൂട്ടിക്കൊടുത്ത് കൂട്ടിക്കൊടുത്ത് കൂട്ടിക്കൊടുത്ത് ഇങ്ങനെ കൂട്ടി കൊടുത്തോണ്ടിരിക്കുക അവസാനം രാജാവ് ഇവനോട് ചോദിക്കും നിനക്കാ ഏഴ് ഭരണി കിട്ടിയോന്ന് കേട്ടിട്ടില്ലേ നിങ്ങളാ കഥ ഒരിക്കല് ബാർബർ ഇങ്ങനെ നമ്മൾ ചോദിച്ചാൽ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നു ഒരിക്കല് ബാർബർ നടന്നു പോവായിരുന്നു അപ്പൊ ഒരു പാല മരച്ചുവെട്ടിൽ നിന്ന് പാലയുടെ മുകളിൽ നിന്ന് ഒരു വിളി കേട്ടു ഇതാ ഏഴ് ഭരണി നിറയെ സ്വർണ്ണമുണ്ട് നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാന്ന് അതിന് വലിയ സന്തോഷമായി നോക്കിയ സമയത്ത് ഏഴ് ഭരണി ഏഴും തുറന്നു നോക്കി ആറെണ്ണം ഫുള്ളാണ് ഏഴാമത്തത് മുക്കാൽ ഭാഗമായിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഈ മുക്കാൽ നിറച്ചു കഴിഞ്ഞാൽ നിനക്ക് ഏഴും എടുക്കാം അങ്ങനെ അവൻ വീട്ടിൽ കൊണ്ടുപോയി ഈ ഏഴാമത്തതിനെ നിറയ്ക്കാനുള്ള ശ്രമമാണ് നിറയുന്നില്ല പ്രതീകാത്മകമായിട്ടുള്ള കഥയാണ് ആ ഭരണി നിറയ്ക്കാൻ ശ്രമം നടത്തിയ നടക്കില്ല ദുഷ്പൂരേണ നിറയ്ക്കാൻ പൂരിപ്പിക്കാൻ സാധ്യമല്ലാത്തത് നമുക്കേതെങ്കിലും ഒരു ആഗ്രഹം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആഗ്രഹം ജനിക്കാതിരുന്നിട്ടുണ്ടോ ഇല്ല അല്ലേ നമുക്ക് ആദ്യം ചിന്ന ചിന്ന ആശകളായിരുന്നു എന്തൊക്കെയായിരുന്നു അത്ര വലുതൊന്നുമല്ല പിന്നെ ഒരു ചെറിയ വീട് എത്ര റൂമ് ഒരു കിച്ചൺ പിന്നെ ഒരു ഗസ്റ്റൊക്കെ വന്ന ഒരു ഒരു ഗസ്റ്റ് റൂമ് പിന്നെ ഒരു കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇനി അവരടി കൂടേണ്ട ഓരോരോ റൂം ആഗ്രഹങ്ങൾ വലുതില്ല കേട്ടോ ഓരോരോ റൂം പിന്നെ ഒരു ഓഫീസ് റൂമ് പിന്നെ ഒരു ഡൈനിങ് ഹോള് പിന്നെ ഒരു ഇങ്ങനെ ഒരു ഒരു ഒക്കെ ആയിട്ട് ഒരു എത്ര ചിലവായാലും വേണ്ടില്ല ഒരു ലോ കോസ്റ്റ് ബിൽഡിങ് ആള് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നണം അതിന് കാശ് എത്ര ചിലവായാലും വേണ്ടില്ല എന്നാണ് ഒരാൾ പറഞ്ഞത് ശരി ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞതോടുകൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചോ ഇല്ല ഇല്ല അവസാനിക്കുന്നില്ല എന്തൊക്കെ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു ആദ്യം നമ്മൾ പറഞ്ഞു വെറും തറ ഒന്നും വേണ്ട സിമെൻറ്റ് മതിയുന്നു അപ്പം പറഞ്ഞു അല്ല ടൈലുണ്ട് നല്ല ടൈലുണ്ട് അതാവാം ശരി എന്നാൽ ടൈലായി പിന്നെ നമുക്ക് തോന്നുന്നു ഈ ടൈല് ശരിയില്ല ഈ ടൈല് ശരിയില്ല അപ്പൊ അതൊക്കെ പൊളിച്ചെടുത്ത് വേറെ വെച്ചു ഇങ്ങനെ പൊളിക്കലും പിടിക്കലും നടക്കല്ലേ നിരന്തരം അല്ലേ ഒരാഗ്രഹം ഒരു കാറ് മേടിക്കണമെന്ന് വിചാരിച്ചു ഒരു ചെറിയ കാറ് മതി നായി മേടിച്ചു അതിൽ നിൽക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ അത് പഴയതായി കുറച്ചുകൂടെ വലുത് വേണമെന്നായി ഇല്ലേ ഒരു ആഗ്രഹവും നിവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ഇല്ല അതിന്റെ വലുതിങ്ങനെ പോകുന്നുണ്ട് ഇതെന്താണ് ദുഷ്പൂരേണ നിറയ്ക്കാൻ പ്രയാസമുള്ളതാ ഒരു ആഗ്രഹവും നിവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ഇല്ല അതിന്റെ വലുതിങ്ങനെ പോകുന്നുണ്ട്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 അപ്പൊ പൊളിച്ചെടുത്ത് വേറെ വെച്ചു ഇങ്ങനെ പൊളിക്കലും വിളിക്കലും നടക്കല്ലേ നിരന്തരം അല്ലേ ഒരാഗ്രഹം ഒരു കാറ് മേടിക്കണമെന്ന് വിചാരിച്ചു ഒരു ചെറിയ കാറ് മതി മേടിച്ചു അതിൽ നിൽക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ അത് പഴയതായി കുറച്ചുകൂടെ വലുത് വേണമെന്നായി ഇല്ലേ ഇതെന്താണ് ദുഷ്പൂരേണ നിറയ്ക്കാൻ പ്രയാസമുള്ളതാ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാമരൂപേണ എന്താണ് ഇതിന്റെ സ്വരൂപം രൂപം തന്നെ കാമമാണ് അധികരിക്കുന്നതാണ് എന്ന് പറയാം കാമരൂപേണ ആ ഈ ധനത്തിന് നാം ഇത്ര താല്പര്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഈ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ ഇതിന് സാധിക്കും എന്ന ഒരു അന്തമായ വിശ്വാസമുള്ളതുകൊണ്ടാണ് ധനത്തിന് ഇത്ര പ്രാധാന്യം വന്നത് അതിന്റെ പരിമിതി നമുക്ക് പലയിടത്ത് ബോധ്യപ്പെടണം നിങ്ങൾക്ക് കൈലാസത്തിലൊക്കെ എത്തിയാലേ നേപ്പാളിൽ എത്തിയാൽ തന്നെ നമ്മുടെ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും അവിടെ എടുക്കില്ല അപ്പൊ അവിടെ നൂറ് രൂപയുടെ വില എന്താണെന്ന് അറിയോ നേപ്പാളിൽ അഞ്ഞൂറ് രൂപയും ആയിരം രൂപ അവിടെ എടുക്കില്ല നിയമവിരുദ്ധമാണോ അപ്പൊ നൂറ് രൂപ കണ്ടാൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ തിബറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ അല്ലെങ്കിൽ ചൈനയിലൊക്കെ ഇതിന് ഒരു വിലയുമില്ല കട്ടലാദാസിന്റെ വില പോലുമില്ല അപ്പൊ പലതും പലയിടത്തും ഒരു എന്താ പറയുക അതിന് യാതൊരു വിലയും ഇല്ലാത്തതായിട്ട് നമുക്ക് ബോധ്യപ്പെടണം ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ ഈ സാധനത്തിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിനോട് ഇത്ര പ്രിയാം വേർപെരിഞ്ഞു കഴിയുന്ന എന്താ ഭാര്യ ഭർത്താവിനൊരു എഴുത്തെഴുതി ഭാര്യ തന്നെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയതാ എന്താ എഴുത്ത് ചേട്ടാ ഞാൻ ഇന്ന് ആ തെറ്റ് ഞാൻ ഇന്ന് മനസ്സിലാക്കി അങ്ങ് എത്ര വലിയ മനുഷ്യനായിരുന്നു എന്നുള്ളത് ഞാൻ ഇന്നാ മനസ്സിലാക്കിയത് അങ്ങ് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു അങ്ങ് എത്ര എന്നെ എത്ര ശ്രദ്ധ എത്ര ശ്രദ്ധയുണ്ടായിരുന്നു അങ്ങേക്ക് എന്റെ ഓരോ കാര്യങ്ങളിലും ഞാനിപ്പം തെറ്റു മനസ്സിലാക്കി ഞാൻ ആലോചിക്കുകയായിരുന്നു നമുക്ക് ഒരുമിച്ച് കഴിയുമ്പം എത്ര സന്തോഷമായിട്ട് നമുക്ക് ഒരുമിച്ച് കഴിയാം അതുകൊണ്ട് ഞാൻ ചേട്ടൻ ഒന്ന് വിളിച്ചാൽ ഞാൻ വരാൻ ഇനി വിളിക്കാൻ ചേട്ടൻ തിരക്കായിരിക്കുന്ന എനിക്കറിയാം എന്നായിരുന്നു ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് ചേട്ടൻ എവിടെയും പോകരുത് അവിടെ തന്നെ ഉണ്ടാവണം അത്ഭുതമായി കത്തിൻ്റെ അടിയിലുണ്ട് എഴുതിയിരിക്കുന്നു ചേട്ടന് ലോട്ടറി കിട്ടിയത് അറിഞ്ഞതിട്ട് എനിക്ക് അങ്ങേയറ്റം അത് സന്തോഷമുണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് പറയും ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മുടെ സകലമാന എന്താ പറയുക സങ്കൽപ്പങ്ങളെയും മാറ്റിമറയ്ക്കാൻ പോകുന്നതാകുന്നു എന്താണ് ധനമാണവിടെ വിഷയം തമാശകളാണെങ്കിലും അതിലൊക്കെ കാര്യമുണ്ട് പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ കാമനയെ അത് ദൂരീകരിക്കും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടല്ല ഈ ധനികന്മാർ രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനുമൊക്കെ മോക്ഷത്തിന് വേണ്ടി നടക്കുന്നത് പല ധനികന്മാരും കാശ് പോയിട്ട് കൊടുത്തിട്ട് അവർക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ചിലരെ ഏതോ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അങ്ങനെ കുറേ നേരം ജപിച്ചോളാം പറയും ഓ െന്ന് പറമ്പോത്ര അടിയിൽ വളരെ ഈ മൊട്ടുസൂചി പോലെ ഇങ്ങനെ വളരെ വെച്ചിട്ടുണ്ട് ഒരു ഇത്ര വോൾട്ടേജ് അങ്ങോട്ട് കയറ്റി വിട്ടു കൊടുക്കും അതോടുകൂടി ഇങ്ങനെ പല വിദ്യകളും നിങ്ങളിതൊക്കെ തമാശയായിട്ട് കരുതും നമ്മൾ ചിലർ ചിലരുടെ അനുഭവമൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഒരഞ്ച് ദിവസം ഭക്ഷണമൊന്നും കൊടുക്കാതെ ഓ ഒരാൾ ഒരു അനുഭവം പറഞ്ഞത് ഭയങ്കര ഇതായിരുന്നു ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള ഏർപ്പാടാണ് എന്തോ ഒരു മാവ് പോലെ സാധനം ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും എന്നിട്ടിങ്ങനെ അതുമായിട്ടിങ്ങനെ ഒരു നാലഞ്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ് ഒരു ഭക്ഷണം ഒന്നുമില്ലാതെ ഇന്ത്യയിലെ ആ സ്ഥിതി കേരളത്തിലല്ലാന്നേ ഉള്ളൂ കേരളത്തിൽ അതൊന്നും നടക്കില്ല അത്രയും അവസാനം ഇദ്ദേഹം പറയുന്നത് ഇന്ന് കിട്ടും സാക്ഷാത്കാരം നാളെ കിട്ടും സാക്ഷാത്കാരം നോക്കണേ ഒരാൾക്ക് ഇന്ന് നിങ്ങൾക്ക് നാളെ റെഡിയാണ് നാളെ ഏഴ് മണിക്ക് മുമ്പായിട്ട് കിട്ടും ഇങ്ങനെ ലിസ്റ്റ് കൊടുത്തിരിക്കുക നമ്മൾ മണ്ണെണ്ണ ഇന്ന് വരും നാളെ വരും റേഷൻ ഷോപ്പിൽ പോയിട്ട് ഇത് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ പറയില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഹൈ തുടങ്ങിയിട്ടുണ്ട് നെറ്റ് കണ്ടാൽ അറിയാം കുറച്ചുകൂടെ ഉണ്ട് അവസാനം അവർക്ക് സംഗതി മനസ്സിലായി ഇത് കളിപ്പിക്കലാണ് എന്ന് ഇനി എങ്ങനെങ്കിലും ജീവൻ രക്ഷപ്പെടുത്തണം അങ്ങനെ പറയണം അദ്ദേഹം ആറ് ആറേഴ് ദിവസം അതിൽ കിടന്നു എന്നിട്ട് പുറത്ത് ചാടി എങ്ങനെയോ സാധിച്ചു കാരണം അദ്ദേഹത്തിന് കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അർജൻറ്റായിട്ട് പോകേണ്ടതുണ്ട് എനിക്ക് പറ്റില്ല ഞാൻ വരുന്നുണ്ട് ഏതായാലും സാക്ഷാത്കാരം കിട്ടിയിട്ടേ പോവുള്ളൂ ഞാൻ വരാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് റിയലൈസേഷൻ എടുക്കാം എന്ന് പറഞ്ഞ് പുറത്ത് ചാരി കടന്നു പറയണം അവിടെ സ്വാമി അവിടുന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വഴിയിൽ ഒരു തട്ടുകട ആ തട്ടുകടയിലിരുന്ന് ദോശ കഴിച്ചപ്പുണ്ടല്ലോ എനിക്ക് സാക്ഷാത്കാരം കിട്ടിയത് വെറും പന്ത്രണ്ട് രൂപ ഭാര്യയ്ക്കും കൃഷ്ടി അങ്ങനെയാണ് ഈ എറണാകുളത്ത് മുപ്പത്താറ് തരം സാക്ഷാത്കാരുണ്ട് ഇല്ല ഇതൊക്കെ ശരിക്കുള്ള സംഭവങ്ങളാണ് അതിലൊന്നും പോയി പെടരുത് എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ ഉപായത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല വളരെ ലളിതമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം കാശുകൊണ്ട് ഇത് നേടാം എന്നതേ അജ്ഞാനത്തിൽ നിന്ന് ഉള്ള ഒരു കാമമാണോ അത് വിവേകാനന്ദ സ്വാമികളും തമ്മിലുള്ള ഒരു സംവാദമുണ്ട് അവർ തമ്മിൽ ഇരിക്കുന്നത് അല്ല ഇംഗർസോൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഈ പ്രപഞ്ചം ഒരു ഓറഞ്ചാണ് അതിന് സ്വാമിജി പറയുന്നുണ്ട് ഞാൻ ഈ ഓറഞ്ചിനെ ഒരൽപ്പം പോലും വേദനിപ്പിക്കാതെ അതിൻ്റെ മാധുര്യം ഞാൻ നുകരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ ഗംഭീരമായ അവർ തമ്മിലുള്ള സംഭാഷണമുണ്ട് അതിൽ സ്വാമിജി എന്നെ പറയുന്നുണ്ട് ഞാൻ ഭാരതത്തിൽ പട്ടിയായിട്ട് ജനിക്കാൻ ഞാൻ റെഡിയാണ് എനിക്ക് അങ്ങനെ ആ സാക്ഷാത്കാരം വേണമെന്നോ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അഭിനിവേശമൊന്നുമില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ ഗുരുവിൽ നിന്നതറിഞ്ഞു കാരണം ആദ്യ ഓട്ടം ഉണ്ടായിരുന്നു ഈശ്വരൻ പറഞ്ഞ എന്താണ് എന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ധനിയന് കിട്ടുന്ന ഉപനിഷത്ത് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേന ഏക ത്യാഗം കൊണ്ട് മാത്രം അമൃതത്വം അനശുഹോ അമൃതത്വ പ്രാപ്തി എന്നത് ത്യാഗം എന്ന് പറഞ്ഞാൽ ഈ കാമനയുടെ ത്യാഗം തന്നെയാണ് അപ്പം ഹേ കൗന്ദേയ ജ്ഞാനിന അറിവുള്ളവന് ജ്ഞാനിക്ക് നിത്യവൈരിണ ദുഷ്പൂരേണ നിറയ്ക്കാൻ പ്രയാസമാർന്ന കാമരൂപേണ ഈ കാമരൂപമായിട്ടുള്ള ഏതേന അനലേന ഈ അഗ്നിയാൽ ജ്ഞാനം ആവൃതം ആത്മജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ആത്മജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ കാമമാണ് ആഗ്രഹമാണ് അപ്പൊ ആഗ്രഹമാണ് നമുക്ക് ആത്മജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ ആഗ്രഹത്തെ ഇല്ലാതെയാക്കാൻ നിങ്ങൾ ഈ എന്താ പറയാ കാമനയെ ചെയ്യാൻ വീണ്ടും വീണ്ടും കാമനയെ അധികരിച്ചതുകൊണ്ട് സാധിക്കുമോ ഇല്ല എന്നാൽ ഇത് മറ്റുള്ള ആഗ്രഹങ്ങൾ അപ്പം ഇത് ശരിക്കും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഇനിയിപ്പോ ഒരു ആഗ്രഹവും അത് ശരിക്കും മനസ്സിലാക്കുക ധർമാനുസൃതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ ഭഗവാൻ നേരത്തെ പറഞ്ഞു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കും അതിനെ ബലാത്കാരമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും വേണ്ട അറിയുക അറിഞ്ഞ് അതിന്റെ മുകളിൽ വിരാജിക്കുക എന്നിട്ടോ ഈ സത്യത്തെ അറിയുക അതെന്ത് വേണം ഒരിക്കലും ഈ ഇന്നലെ പറഞ്ഞത് ഓർക്കുക ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളില് വ്യാപരിക്കും അതിലെന്തുണ്ടാവും രാഗവും ദ്വേഷവും ഉണ്ടാവും ഈ രാഗദ്വേഷത്തിന്റെ വഴിക്ക് നീ പോകരുത് നിന്റെ ഇന്ദ്രിയങ്ങളും സഞ്ചരിക്കരുത് അതാ ഭഗവാൻ പ്രത്യേകം പറഞ്ഞത് അല്ലെങ്കിൽ എന്താന്ന് ഒരിക്കലും നമുക്ക് ഈ എന്താ പറയുക ഈ ജ്ഞാനത്തെ അറിവ് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നെല്ലാം അറിയില്ല അതുകൊണ്ടാ ഭഗവാൻ ഇവിടെ ഈ മൂന്ന് പ്രകാരത്തിൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇതിനെ കാമം തന്നെയാണ് നിത്യം ശത്രുവാണെന്നറിഞ്ഞ് ഒരിക്കലും പൂരിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇതിനെ ഈ ഏതേന അനലേന ജ്ഞാനം ആവൃതം എന്ന് നീ അറിഞ്ഞാലും അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മൾ നോക്കുക നമ്മൾ ഇതുവരെ നമ്മുടെ ഈ ജ്ഞാനം ആത്മജ്ഞാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് പലതിലും ദീർഘവീക്ഷണം ഇല്ല എന്ന് പറയും പല കാര്യത്തിലും നമുക്ക് പലതും മനസ്സിലാവും പിന്നീട് ആദ്യം നാം സ്വീകരിച്ചത് തെറ്റായിരുന്നു എന്നൊക്കെ ഈ അടുത്ത പ്രകൃതിയെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ പറയുകയാണ് ഈ വയലുകളിൽ ഈ വെട്ടുകിളി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് വെട്ടുകിളി ഈ വെട്ടുകിളിയൊക്കെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ എത്ര കൃഷി അത് നെൽക്കതിരൊക്കെ ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് അത് ഒരുപാട് തിന്നും അത് വലിയ നഷ്ടം ഉണ്ടാക്കുക അങ്ങനെ അതിനെ നഷ്ടം ഉണ്ടാക്കുമ്പം ആ കിളികൾ ശല്യം ചെയ്യണു ഇങ്ങനെയുള്ള വിളകൾക്ക് അപ്പൊ കിളികളെ കൊല്ലാനുള്ള ഏർപ്പാടുണ്ടാക്കി കിളികളെ കുറെ കൊന്നു അങ്ങനെ പിന്നെ എന്തായി കിളികൾ നശിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഈ ഷഡ്പഥങ്ങൾ പലതും പാറ്റ അങ്ങനെയുള്ള പലതും അത് പലതും ഇത് തിന്നുന്നുണ്ട് അപ്പം അതിനെ തിന്നുകൊണ്ടിരുന്നത് ആരായിരുന്നു കിളികളായിരുന്നു അപ്പം ഇത് ഇത് ഇത് നല്ലോണം തിന്നാൻ തുടങ്ങി കൂട്ടത്തിൽ ഇതും കൂടെ തിന്നാനാണ് കിളി വരുന്നത് തന്നെ പക്ഷെ നമ്മൾ അറിഞ്ഞില്ല നമുക്ക് ഈ ഇഡലിക്ക് ചട്ടണി പോലെയാണ് കിളിക്ക് കതിരും പിന്നെ ഈ പാറ്റയും ഇത് രണ്ടും കൂടെ ഉള്ളൊരു ഏർപ്പാടാണ് പക്ഷെ നമ്മൾ നോക്കുന്നത് നമ്മുടെ നഷ്ടം അത്ര നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് അപ്പൊ എന്ത് സംഭവിച്ചു കൂടുതൽ ഈ തരത്തിലുള്ള പ്രാണികളൊക്കെ അധികരിച്ച സമയത്ത് പ്രാണികളെ കൊല്ലാൻ വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി ഈ മരുന്നുകൾ പലതും ഉണ്ടാക്കി കീടനാശിനികൾ അങ്ങനെ കീടനാശിനികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുള്ള വിപത്തുക്കൾ വേറെ അപ്പം കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുമ്പം കൃഷിയുടെ ചിലവ് അധികരിച്ചു പണ്ട് എത്ര ചിലവില്ലായിരുന്നു എന്നാലും കിട്ടുമായിരുന്നു പെരിച്ചാഴി കുറെ കൊണ്ടുപോയാലും കിട്ടുവായിരുന്നു കപ്പ കുറച്ചൊക്കെ ഇപ്പൊ പണ്ട് ഈ പരസ്പരം ഭാവ എന്താന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോ കപ്പ കിട്ടിയ അര കിലോ പെരിച്ചാഴിക്കും ഒമ്പതര നിനക്കും എന്താണ് പണ്ടുള്ളവർ ആ ഒരു രീതിയിലാണ് കൃഷി തന്നെ ചെയ്തത് ഏത് കൃഷിയിലും ഇപ്പൊ എന്തായി ഇങ്ങനെ കൃഷിയുടെ ചെലവ് കൂടി ഇപ്പൊ അവസാനം കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന പരുവത്തിലായി കൃഷിയെ സംബന്ധിക്കുന്ന ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു ഗവേഷണമാണ് നമ്മൾ കൃഷി നമുക്ക് കൂടുതൽ വിള കിട്ടാൻ വേണ്ടി അജ്ഞാനം ഹേതുവായി നാം എന്തൊക്കെയോ ഇവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു അതോടുകൂടി ഇത് ആകെ താറുമാറായിരുന്നു മുൻപ് വളരെ ക്രമബദ്ധമായി വളരെ കൃത്യതയോടുകൂടി ഇതൊരു ചക്രമായിരുന്നു ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആത്മജ്ഞാനത്തിന്റെ കാര്യത്തിൽ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ലക്ഷം രൂപ കൊടുത്ത് പോയിട്ടില്ലെങ്കിലുള്ളൂ അത്ഭുതം നമുക്ക് പ്രായോഗിക ജ്ഞാനം തന്നെ വളരെ ചില ചില കാര്യങ്ങളിൽ വളരെ പരിമിതമായി നിലകൊള്ളുന്നു എന്ന് പറയാ ആത്മജ്ഞാനത്തിലോ ഈ കാമം തന്നെയാണ് എവിടെയും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ആത്മജ്ഞാനത്തിലാണെങ്കിലും ഈ ഭൗതിക ജ്ഞാനത്തിലാണെങ്കിലും ഇന്ദ്രിയോബുദ്ധി അത്യാധിഷ്ഠാന ഇന്ദ്രിയണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനം ഉച്ചതൈ വിമോഹയതി ഏഷ ജ്ഞാനം ആവൃത്യദേഹിനം ഇന്ദ്രിയണി ഇന്ദ്രിയണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനഹബുദ്ധി അസിയ അധിഷ്ഠാനം ഉച്ചതെ അതുകൊണ്ടാ ഭഗവാൻ നേരത്തെ അവിടെ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ ഇതിനെ അധിഷ്ഠാനം എവിടെയാണ് പറയുന്നു ഇന്ദ്രിയങ്ങള് മനസ് ബുദ്ധി ഇത് കാമത്തിന്റെ അധിഷ്ഠാനമാണ് കാമം ഇരിക്കുന്നത് ഇവിടെയൊക്കെയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ എവിടെയൊക്കെയാണ് ഇന്ദ്രിയങ്ങളില് മനസ്സിൽ ബുദ്ധിയിലും മൂന്ന് പ്രകാരത്തിലും മൂന്ന് സ്ഥലത്തും അവൻ നിലകൊള്ളുന്നു ഇന്ദ്രിയങ്ങളിലുണ്ട് ഇന്ദ്രിയങ്ങളില് വളരെ ശക്തമാണ് അതുപോലെ മനസ്സിലും അതുപോലെ ബുദ്ധിയിലും പിന്നെ ഓരോന്നും കൊഴിഞ്ഞു വീഴും നല്ല രസം ഒരിക്കലും ഒരു ഒരാള് ഒരു യുവതിയെ കണ്ടിട്ട് ഈ കൊഴിഞ്ഞു വീഴുന്നതിനെ കുറിച്ച് പറയുന്നതാണ് യുവതിയെ കണ്ടിട്ട് വളരെ ഇഷ്ടം തോന്നിയിട്ട് ഈ ഈ ആള് അവളെ പുകഴ്ത്താൻ തുടങ്ങി ഓ നിന്റെ മുല്ലപ്പൂ പോലുള്ള പല്ലുകൾ പറഞ്ഞപ്പോൾ ഉടനെ ആവല് പ്ലക്ക് എന്ന് പറഞ്ഞാൽ അത് ഊരിയെന്നാണ് അവിടെ കഴിച്ചു നിന്റെ കാർക്കൂന്തൽ എന്ന് പറയലും ഊരി അതവിടെ കഴിച്ചു പിന്നെ ഒരു മൊട്ടച്ചിയായിരുന്നു പിന്നെ അയാള് ഓടിയവിടെ ആ ഇരിക്കുന്നതൊക്കെ കൊഴിഞ്ഞു വീഴുന്നു പറയാം കൊഴിഞ്ഞു വീഴുന്നതോടുകൂടി സത്യം വെളിപ്പെടും ചില ചില സമയത്ത് വല ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ കാണാം ഇതൊക്കെ തെറിച്ച് പോകണത് അത് ഒരു വഴിക്ക് പോകും ഇത് വേറൊരു വഴിക്ക് പോകും ഇതെല്ലാം കൂടെ വാരിക്കെടുത്ത് കൊണ്ടുപോകണം അപ്പൊ ഇതോരോ സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് ഇന്ദ്രിയങ്ങളില് മനഹ ഇന്ദ്രിയണി മനഹ ബുദ്ധി അസ്യ അധിഷ്ഠാനം ഇതിൻ്റെ അധിഷ്ഠാനം കേന്ദ്രം ഉച്ചിയതേ പറയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ ഉപനിഷത്ത് സ്മരിക്കുക ഋഷീശ്വരന്മാരെ സ്മരിക്കുക ഞാൻ എൻ്റെ അഭിപ്രായമല്ല എന്ന് പറയാം പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട് സാന്ദീപനിയുടെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഞാനിത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം ഏഷ ഇത് ഏഷ എന്ന് പറഞ്ഞ കാമഹ കാമം ഏതൈ ഏതൈഹി ഏതൈഹി എന്ന് പറഞ്ഞാൽ ഇവയെ കൊണ്ട് ഇവയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ഏതൈഹി ജ്ഞാനം ആവൃത്തിയ ജ്ഞാനത്തെ മറച്ചിട്ട് ആവൃത്തിയ ദേഹിനം വിമോഹയതി ദേഹിനം ദേഹത്തെ ധരിച്ചിട്ടുള്ള നമ്മളെയൊക്കെ വിമോഹയതി വിശേഷേണ മോഹയതി മോഹിപ്പിക്കുന്നു അപ്പം ഇതാണ് ഇങ്ങനെ മോഹിപ്പിക്കുക അപ്പം നമ്മൾ എന്ത് വേണം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം ഇത് അങ്ങനെ മോഹിപ്പിക്കുന്നു മോഹിപ്പിക്കുന്നു എന്ന് അറിയണം ഇതാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ അജ്ഞാനം ആവൃതമായി കഴിഞ്ഞാലുള്ള ലക്ഷണം എപ്പോഴും നാം മോഹവലയത്തിൽ അങ്ങനെ വിടും അതുകൊണ്ട് നീ എന്താ വേണ്ടത് ഭഗവാൻ പറയുന്നു ആദ്യം നീ ഇത് ചെയ്യൂ തിണ്യമ്യർഭ പാപ്മാനം പ്രജതിവിനാശനം തസ് ന്ദ്രിയാണി ആദ നിയമ്യേ ഭരർഷ പാപ്മാനം പ്രജഹി ഹി എനം ജ്ഞാന അതിനാൽ എന്തുകൊണ്ടെന്നാൽ ഹേ ഭരതർഷ അല്ലയോ ഭരതവംശത്തിൽ ജനിച്ചിട്ടുള്ള ശ്രേഷ്ഠനായ അർജുന നമ്മളോടൊക്കെ ഇന്ദ്രിയണി ആദൗ നിയമ്യ ഇന്ദ്രിയങ്ങളെ അടക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളെ അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അതുപോലെ ഈ വാക്പാണി പാതപായു ഉപസ്ഥ അടക്കുക നിയമനം എന്നാൽ ഓർക്കുക എതിരായിട്ട് എന്നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നിയമ്യ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചത് എതിരായിട്ട് എന്നല്ല പിന്നെയോ അപ്പുറത്ത് കുറച്ചും കൂടെ മുകളിൽ മുകളിലൊരു സ്ഥാനമുണ്ട് അവിടേക്ക് എതിരായിട്ട് വരുമ്പം പല രോഗങ്ങളും ഉണ്ടാവും ഞരമ്പ് രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് വലിഞ്ഞു മുറുകി ആകെ കൂടെ അസ്വസ്ഥമാവും ജീവിതം നിയമ്യ നിയമനം ചെയ്തിട്ട് ജ്ഞാനവിജ്ഞാനനാശനം ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് വിജ്ഞാനം എന്ന് പറഞ്ഞ അനുഭവ ജ്ഞാനം എന്താ രണ്ടും തമ്മില് വ്യത്യാസം അറിവ് ഒന്ന് അറിവ് ഒന്ന് അനുഭവജ്ഞാനം അതെങ്ങനെയാ ഇപ്പൊ അഗ്നിയെ സംബന്ധിക്കുന്ന അറിവ് അഗ്നിക്ക് ചൂടുണ്ട് എന്നുള്ളത് അഗ്നി സംബന്ധമായ ജ്ഞാനമാണ് അഗ്നി സംബന്ധമായ വിജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ പോയി വിരൽ വയ്ക്കുക തന്നെ പോയി വിരൽ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അഗ്നി സംബന്ധമായ വിജ്ഞാനം കൂടി ഉണ്ടായി എന്താ അത് അനുഭവജ്ഞാനം മറ്റേത് ജ്ഞാനം ഈ അറിവും അറിവിനുസൃതമായ കർമ്മങ്ങളെ ചെയ്യുന്നതിനും തടസ്സമായി നിൽക്കുന്ന നാശം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ജ്ഞാന വിജ്ഞാനത്തെ നശിപ്പിക്കുന്ന പാത്മാനം തെറ്റിദ്ധാരണയെ ജനിപ്പിക്കുന്ന ഏനം ഇതിനെ പ്രജഹി ഉപേക്ഷിക്കൂ നീ ഉപേക്ഷിക്കേണ്ടത് നീ യുദ്ധം ചെയ്യേണ്ടത് ഇതിനോടാണ് എന്താ അടക്കേണ്ടത് ഇന്ദ്രിയാണ് ആദൌ ഇന്ദ്രിയങ്ങളെ അടക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളെ അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അതുപോലെ ഈ വാക്പാണിപാത പായു ഉപസ്ഥം അടക്കുക നിയമനം എന്നാൽ ഓർക്കുക എതിരായിട്ട് എന്നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നിയമ്യ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ചത് എതിരായിട്ട് എന്നല്ല വിനിയോ അപ്പുറത്ത് കുറച്ചും കൂടെ മുകളിൽ മുകളിലൊരു സ്ഥാനമുണ്ട് അവിടേക്ക്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 അറിവിനുസൃതമായ കർമ്മങ്ങളെ ചെയ്യുന്നതിനും തടസ്സമായി നിൽക്കുന്ന നാശം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ജ്ഞാനവിജ്ഞാനത്തെ നശിപ്പിക്കുന്ന പാപ്മാനം തെറ്റിദ്ധാരണയെ ജനിപ്പിക്കുന്ന ഏനം ഇതിനെ പ്രജഹി ഉപേക്ഷിക്കൂ നീ ഉപേക്ഷിക്കേണ്ടത് നീ യുദ്ധം ചെയ്യേണ്ടത് ഇതിനോടാണ് ഭഗവാൻ യുദ്ധത്തെ വഴി തിരിച്ചുവിടുന്നു ഇവിടെയാണ് ഭഗവാൻ യുദ്ധത്തിന് വഴി തിരിച്ചുവിടുന്നതിന് അപ്പൊ യോദ്ധാവിനെ പോർക്കളത്തിൽ നിന്ന് ആ ബാഹ്യമായ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ആന്തരികമായ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ആദ്യം തെളിക്കുക അവിടെ ചിലരെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം നമുക്ക് പുറത്ത് ഇല്ലായ്മ ചെയ്യാം അതുകൊണ്ട് ധ്യാനത്തെക്കുറിച്ച് കടോപനിഷത്തിലെ മന്ത്രമാണ് ചെറിയൊരു മാറ്റത്തോടുകൂടി ഭഗവാൻ അവതരിപ്പിക്കുന്നു നോക്കാം ഹു ഇന്ദ്രിഭ്യന മനസുദ്ധി യുദ്ധേരണ ഇന്ദ്രിങ്ങൾ പരാ പരാണി എന്ന് പറഞ്ഞ ശ്രേഷ്ഠങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് ആഹു പറയപ്പെടുന്നു ഇന്ദ്രിയേഭ്യ പരം മനഹ എന്നാൽ ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് മനഹ മനസ് ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മനഹ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോശം അതിനേക്കാൾ ശ്രേഷ്ഠം അങ്ങനെയല്ല ഇതിന്റെ നിലവുള്ളൽ പറയുക നിലവിൽ തന്നെയാണ് ഇവിടെ പരം എന്ന് പറയുന്നത് അധികരിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ സൂക്ഷ്മം എന്നറിയാം ഒന്ന് എന്ന് മനസ്സിലാക്കുക സൂക്ഷ്മം ഇന്ദ്രിയേഭ്യ പരം മനഃ ബുദ്ധിഹി മനസ്സിനേക്കാൾ പരമാണ് ബുദ്ധി പരം ദേശകാല പരിമിതികൾ ഇല്ലാത്തത് പരം ഇവിടെ പരം എന്ന് പറഞ്ഞാൽ അധികരിച്ചു നിൽക്കുന്നത് ശ്രേഷ്ഠം എന്ന് പരം അപ്പൊ ഇന്ദ്രിയാണി പരാണി ആഹുവോ ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠം ഏതിനേക്കാൾ ഇപ്പൊ ഇവിടെ അർത്ഥങ്ങൾ എന്ന് പറയുന്ന ഇന്ദ്രിയ വിഷയങ്ങളുണ്ട് വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം ഇത് വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് ആ മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി പരം യഹാത്തു യാതൊന്നാകട്ടെ ബുദ്ധേഹേ പരതഹ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി അധികരിച്ച് നിൽക്കുന്നത് സ ആത്മാ സ അവൻ എന്താണ് അതാണ് ആത്മാവാണ് നീ അതാണ് നീ ഇന്ദ്രിയമല്ല നീ മനസ്സല്ല നീ ബുദ്ധിയല്ല നമ്മളോട് പറയാ നമ്മളതല്ല അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ അപ്പൊ ഇത്ര കാലം ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പിറകെയൊക്കെ ഇങ്ങനെ ഓടി ഓടി നമ്മളിതിനെ നഷ്ടപ്പെടുത്തിയല്ലോ അപ്പൊ അതിനെ തിരിച്ചറിയണം ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കഥ പറയാറുണ്ട് ഒരിക്കൽ ഒരാൾ ഒരു മുക്കുവൻ എന്താ രാവിലെ അദ്ദേഹം ഇതിന് പോയി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് നല്ല അദ്ദേഹത്തിന് ഈ അലാമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് എത്ര സമയം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഉദ്ദേശം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി നോക്കിയ സമയത്ത് അത്ര നേരം ആയിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം നടന്ന് നീങ്ങിയത് ഒരു ചെറിയൊരു ഇതിലൂടെയാണ് ഒരു വെള്ളമുണ്ട് അതിൽ കുറച്ച് അങ്ങോട്ട് നടന്നു ഒരു പാറപ്പുറമുണ്ട് ആ പാറപ്പുറത്തിരുന്നിട്ടാണ് വലയിടുന്നത് ആ സമയത്ത് കാലിലെന്തോ പെട്ടു എന്നാണ് കാലില് പെട്ടത് കാലിന് കൈകൊണ്ടെടുത്ത് ആ പാറപ്പുറത്തിട്ടു അങ്ങനെ ഇരുന്ന് കുറച്ചുകൂടെ ആ വെള്ളം കയറിയാലേ വലയിട്ടിട്ട് കാര്യമുള്ളൂ മീനൊക്കെ ഉണരണം അതിന് സൂര്യൻ്റെ കിരണങ്ങൾ തട്ടണം അപ്പോൾ സമയമുണ്ടല്ലോ ഒരു വീഡിയോ ഒക്കെ കത്തിച്ച് തീ കൊടുത്ത് അങ്ങനെ ഇരിക്കുക അപ്പോൾ തോന്നി ഈ കൈ കാലില് പെട്ടത് എന്താണ് കുട്ടികളെന്തെങ്കിലും കളിക്കാനിട്ടതായിരിക്കുന്ന ചോദിച്ചു അതിൽ കൈയിട്ട് നോക്കിയപ്പോൾ അതിൽ കുറേ കല്ലുകളുണ്ട് അതെടുത്ത് വെള്ളത്തിലിടാൻ തുടങ്ങി രാവിലെ രാവിലെ ഒരു കല്ലെടുത്ത് വെള്ളത്തിലാകോട്ടിട്ട് ബ്ലൂക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം വന്നു അത് നല്ല രസമുണ്ട് ഒരു ഇതുമില്ല ഒരു മൂന്ന് മണി മൂന്നര നാല് മണി എന്താണ് ആ സമയത്ത് ആ ഒരു ബ്ലുക്ക് എന്നുള്ള ശബ്ദം നല്ലൊരു ധ്യാനാവസ്ഥിത മനസ്സിനെ ഉണ്ടാക്കി മനസ്സൊന്നും ശാന്തമായി ഇതുവരെ ഈ ബ്ലുക്ക് ഇങ്ങനെ കേട്ടിട്ടില്ല ഒരു ബഹളായിരുന്നല്ലോ അവർ രണ്ടാമത്തേതും എടുത്തിട്ടു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ബ്ലുക്ക് ബ്ലുക്ക് ബ്ലുക്ക് വന്നപ്പോൾ അവസാനത്തെ കല്ലിടുമ്പോഴേക്കും സൂര്യൻ്റെ ചെറിയൊരു ഒരു ഒരു വന്നു ഇടുമ്പോൾ ഒരു വെട്ടൽ ഒരു ഞെട്ടൽ ഒരു വല്ലാത്തൊരു പ്രകാശം നോക്കിയ സമയത്ത് രത്നക്കല്ലായിരുന്നു എന്ന് പറയാം ഓ ഇത്രയും ഞാനിട്ട് കളഞ്ഞുവല്ലോ ഏതായാലും അദ്ദേഹം കഥയിൽ പറയുന്ന അദ്ദേഹം അവസാനത്തെ കല്ല് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞുവല്ലോ എന്ന ഏത് ഇത് രത്നമായിരുന്നു എന്ന് ഇതുപോലെ നമ്മൾ ഈ ബ്ലുക്ക് ബ്ലുക്ക് ബ്ലുക്ക് ബ്ലുക്ക് തൊണ്ണൂറായപ്പോഴ ഗീത കേൾക്കാം എന്റെ ഈശ്വര ഇത് ഏത് കാലത്ത് പഠിക്കണമായിരുന്നു സ്വാമി എത്ര കാലം വേസ്റ്റാക്കി എന്നറിയാം ചീന്മയൻ സ്വാമികളൊക്കെ ഇഡർബാറുള്ള വരുമ്പോൾ ഞാൻ ഇതിലെ സഞ്ചി പിടിച്ച് ഇങ്ങനെ പോവുകയാണ് കഷ്ടം ഏതായാലും ഒന്ന് ഇത് വീഴുന്നതിന് മുമ്പെങ്കിലും എന്താ പറയുക സൂര്യൻ ഉദിച്ചുവല്ലോ അതുകൊണ്ട് ഇതിൻ്റെ പിറകിലേക്ക് പോയി ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ബുദ്ധിക്ക് പിറകിൽ ആറാം അധ്യായം ധ്യാനയോഗം നമ്മളതിനെ മനസ്സിലാക്കും കഴിയുന്നത്ര ശ്രമം നടത്തും ആദ്യം പ്രപഞ്ച അവലോകനം ചുറ്റുപാടിനെക്കുറിച്ചുള്ള ഒരറിവ് അത് കഴിഞ്ഞാൽ ശരീര അവബോധം അതിനെയാണ് ഇന്ദ്രിയ തലം എന്ന് പറയുക അതിൽ നിന്ന് സാവകാശം മനസ്സിലേക്ക് വരണമെങ്കിൽ പ്രാണനിലൂടെ മനസ്സ് മനസ്സിനെ നോക്കിക്കാണുക ചിന്തകളെ അതിന് ബുദ്ധി ബുദ്ധിക്ക് ബോധം ഈ ഒരു ക്രമം അടുക്കായിട്ടുള്ളിലേക്കുള്ളത് ഭഗവാൻ ഇവിടെ പറയുന്നു സഹ ബുദ്ധേ പരത സഹ ബുദ്ധിക്കും അപ്പുറത്തുള്ളതാണ് ആ ബോധസ്വരൂപനായിട്ടുള്ള ആത്മാവ് എന്നിട്ട് ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഈ അധ്യായത്തെ ഉപസംഹരിക്കാൻ പോവുക അടുത്ത ശ്ലോകം കൊണ്ട് നോക്കാം ുരാസദവത്ഗീതുനിഷത്സു ബ്രഹ്മവിദശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാ കമ്മോ നമ തൃതീയോധ്യ ഏവം ബുദ്ധേഹേ പരം ബുദ്ധ സംസ്തഭ്യ ആത്മാനമാത്മന ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം ഭഗവാൻ ജയിക്കാൻ പറയുന്നു യുദ്ധം ചെയ്യാൻ പറഞ്ഞു ഇനി യുദ്ധത്തിൽ ജയിക്കേണ്ടതാരാണെന്ന് പറയാ ഭഗവാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാവാൻ രണ്ടും മൂന്നും അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആരോട് എന്ന് പറഞ്ഞിട്ടില്ല അവിടെയൊന്നും ഇപ്പം ഭഗവാൻ യുദ്ധം ചെയ്യേണ്ടത് ആരോട് എന്ന് പറയും ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ ആരോടാണ് നീ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറയാ ഈ അധ്യായത്തിൽ അടുത്ത അധ്യായത്തിലേക്കുള്ള പോക്ക് വളരെ രസമാണ് നല്ല രസമാണ് നമുക്ക് നോക്കാം ഹേ മഹാബാഹു അല്ലയോ വീര അർജുന ഏവം ഇപ്രകാരം ബുദ്ധേഹേ ബുദ്ധിയേക്കാൾ പരം ശ്രേഷ്ഠമായ പരം എന്ന് പറഞ്ഞ ആത്മാനം ആത്മാവിനെ ബുദ്ധ ബോധിച്ചിട്ട് അതിനെ ബോധിച്ചിട്ട് അറിഞ്ഞിട്ട് എന്തുവേണം ആത്മന ആത്മാവ് കൊണ്ട് ആത്മാനം ആത്മാവിനെ സംസ്തഭ്യ അടക്കുക ആത്മന ആത്മാനം അതായത് ഇതിനെ അറിഞ്ഞിട്ട് ആ വിവേകപൂർവമായ ആ ഒരു തീരുമാനം എടുക്കലുണ്ടല്ലോ അതിനെയാണ് ഇവിടെ പറയുന്നത് അടക്കുക എന്നത് ഇപ്പൊ പല കാര്യവും നമ്മൾ എടുത്ത് ചാടാത്തത് എന്തുകൊണ്ട നമുക്ക് അറിയാം അതിൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ദോഷമുണ്ടാവുന്ന ആ ഒരു വിവേകമാണല്ലോ നമ്മളെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അല്ലേ തീരുമാനിപ്പിക്കുന്നത് തീരുമാനം എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു അറിവിനെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നീ ആത്മാവിനെ അറിഞ്ഞിട്ട് ആത്മാവിനെ ബോധിച്ചിട്ട് നിന്നെ അറിഞ്ഞിട്ട് നീ എന്തു വേണം ആ അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സും ബുദ്ധിയുമൊക്കെ അത് കുറേയും കൂടെ ഇപ്പൊ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ആത്മനാ വിന്ദതേ വീര്യം എന്ന് ആ വീര്യത്തോടുകൂടിയിട്ടാണ് വിദ്യയാ വിന്തതേ അമൃതം ആ വീര്യത്തിലാണ് അമൃതത്തെ പ്രാപിക്കുന്നത് എന്ന് അപ്പൊ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ബുദ്ധി കൊണ്ട് വിവേകമാർജിച്ചു അപ്പൊ ശാസ്ത്രം ശ്രവിച്ചു ഗീതാശ്രവണത്തിലൂടെ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാവണം കാര്യങ്ങളെ കാണുന്നതിൽ അപ്പൊ പണ്ടൊക്കെ നമുക്ക് പണ്ട് കുട്ടിക്കാലത്ത് തന്നെ നമ്മളോട് ഈ കുട്ടികളൊക്കെ ചോദിക്കുമ്പം ആദ്യമായിട്ട് കേട്ട സമയത്ത് നമുക്ക് വലിയൊരു എന്താ പറയുക സംഘർഷം ഉള്ളിൽ നമ്മളോട് ഒരു കുട്ടി ചോദിച്ചു ഇപ്പോഴും ഓർക്കുന്നു നമ്മൾ എടാ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ഏ ആ ശരിയാണല്ലോ പറഞ്ഞു കോഴിയാണെന്ന് അതെങ്ങനെയാ കോഴി ഉണ്ടായത് കോഴിമുട്ടയിൽ നിന്നല്ലേ അപ്പൊ കോഴിമുട്ട ഉണ്ടായിട്ടല്ലേ കോഴി ഉണ്ടായത് അതേ ഹൈ കോഴി ഉണ്ടാവും അതെങ്ങനെ കോഴിമുട്ട ഉണ്ടാവും ഓ ഇതങ്ങട്ട് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇതിനെക്കുറിച്ചായി ചർച്ച കോഴിയാണോ അപ്പൊ വേറൊരുത്ത മാങ്ങയാണോ മാങ്ങയുടെ അണ്ടിയാണോ മാവാണോ ഏ േ ഇന്നും ഉണ്ടാവും ചിലപ്പോ ആ സ്വാമി അതൊന്ന് പറയും ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഇതൊരു വസ്തുവിനെ രണ്ടു വസ്തുക്കളെ രണ്ടു രീതിയിൽ നോക്കിക്കാണുന്നതാണ് കോഴി തന്നെയാണ് കോഴിമുട്ട സഫലീകൃതമാകാത്ത കോഴിയാണ് കോഴിമുട്ട ഒരു വിത്ത് സഫലീകൃതമാകാത്ത മരമാണ് വൃക്ഷമാണ് അപ്പൊ ഇതൊക്കെ ശാസ്ത്രം ശ്രവിക്കുമ്പോഴാണ് നമുക്കാവോ ഇത് വലിയ സമാധാനം കിട്ടും ഇതിൽ നിന്നോ ഇങ്ങനെയുള്ള പഴയ പല തെറ്റിദ്ധാരണകളും മാറിപ്പോകുന്നത് ഇങ്ങനെയൊരു എന്താ പറയുക ഈ ഒരു അറിവ് വരുന്ന സമയത്താണ് അപ്പൊ ആ അറിവ് കൊണ്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണും അതിനെയാണ് ഇവിടെ ആത്മാനം ആത്മന ആത്മാനം സംസ്തഭ്യ എന്ന് പറയുന്നത് അറിവിൻ്റെ വെളിച്ചത്തിൽ അറിഞ്ഞതിൽ നിന്ന് നീ എന്ത് വേണം അടക്കണം അങ്ങനെ തോന്നിയതുപോലെ അഴിച്ചുവിടാതെ എന്നിട്ടോ ദുരാസതം ഇത് അങ്ങേയായിട്ട് അടക്കാൻ പാടുള്ളതാണ് തോന്നിയതുപോലെ പോകുന്നത് അതുകൊണ്ട് അതിനെ കുതിരയായിട്ട് ചിത്രീകരിച്ചത് അടങ്ങിയിരിക്കുകയോ ഇല്ല എന്തൊരു കൽപ്പനയെ നോക്കൂ ഇന്ദ്രിയങ്ങളെ കുതിരയാക്കിയത് അത് അടങ്ങിയിരിക്കുകയോ ഇല്ല രാത്രി പോലും നിന്നിട്ടാ ഉറങ്ങുക അല്ലേ അതിന്റെ സ്വഭാവം അങ്ങനെയാ ഓണർന്നു കഴിഞ്ഞാൽ ഉടനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങും ഉറങ്ങുമ്പോ മാത്രം അതിന് ഉറക്കമില്ല എന്നാ പറയുന്നത് അത് കുതിരയെ പോലെ വേറെ ഒരു ജീവിയെയും പറ്റില്ല ഇതിന് സംസ്തഭ്യ അതിനെ അടക്കിയിട്ട് അതുപോലെ കുതിരയെ മെരുക്കാനും നോക്കിയിട്ടുണ്ടോ കുതിരയെ മെരുക്കാൻ വലിയ വിഷമം പിടിച്ചൊരു ജീവിയാണ് കുതിര മെരുക്കാൻ അത് പെട്ടെന്നൊന്നും പറ്റില്ല അത് നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോയി കഴുതയുടെ പുറത്ത് കയറിയിരുന്നൊരു കുതിര എന്ന് പറയുക അത് കുതിരയല്ല ശരിക്കും പറഞ്ഞ അത് ഈ കോവർക്കെഴുതിയാണ് രണ്ടും കൂടെ ഉള്ള സങ്കരവർഗമാണ് കഴുതയുടെ പകുതിയും കുതിരയുടെ പകുതിയും ഹിമാലയത്തിലൊക്കെ ഉണ്ടത് അടക്കാൻ പ്രയാസമുള്ള നിയന്ത്രിക്കാൻ പ്രയാസമുള്ള കാമരൂപം ആ കാമരൂപമായിട്ടുള്ള ശത്രു ശത്രുവിനെ ജഹി നീ ജയിക്കും അർജുന നീ ഇതാണ് നീ ചെയ്യേണ്ടതെന്ന് പറയും ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ മൂന്നാം അധ്യായത്തെ നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ മഹാഭാരതം വെച്ച് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ മൂന്നാം അധ്യായമൊന്നുമില്ല ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഓം തത്വദീതി ശ്രീമദ് ഭഗവത്ഗീതാ സുപനിഷത്വം ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല അപ്പൊ സൗകര്യത്തിൽ പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ശരീരശാസ്ത്രത്തെ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുമിച്ച് പഠിക്കണമല്ലോ പിന്നെയാണ് ഏതിലേക്ക് എന്നുള്ളത് കുട്ടിയെ നോക്കുന്നതാണോ അതോ പ്രായമായിട്ടുള്ളവരെ നോക്കുന്നതാണോ എന്നുള്ളതൊക്കെ അതിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട് നിങ്ങളും കേട്ടിരിക്കാൻ തമാശ വലത് ജവിക്ക് സുഖ അസുഖമായിട്ട് പോയപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞാൽ ഇടത് മാത്രമേ നോക്കുള്ളൂ ഇല്ലേ അങ്ങനെയുള്ളൂ അങ്ങനെയുണ്ട് അപ്പൊ അതിൽ തന്നെ എന്നാ ഒരു ശരീരമാണ് അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി അപ്പൊ പഠിക്കാനുള്ള സൗകര്യത്തിന് അധ്യായങ്ങളൊക്കെയാക്കി തിരിച്ചു കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞു ഇതാ ഉടനെ ഭഗവാൻ വീണ്ടും പറയുന്നു അർജുനനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഈ കഴിഞ്ഞ ഒരു ആറു മാസങ്ങൾക്ക് എന്താ മൂന്നാല് മാസം മുമ്പ് കോഴിക്കോട് ഒരു ഗീതാജ്ഞാന യജ്ഞ ഉണ്ടായിരുന്നു പന്ത്രണ്ടാം അധ്യായമായിരുന്നു അവിടെ വിഷയം അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക എങ്ങനെയപ്പോൾ പന്ത്രണ്ടാം അധ്യായം പറയാം കാരണം പതിനൊന്ന് അധ്യായം ഇങ്ങനെ കിടക്കുക ഈ പതിനൊന്ന് അധ്യായം പറയാതെ എങ്ങനെയപ്പോൾ പന്ത്രണ്ടാം അധ്യായം പറയാൻ പോകുന്നു കാരണം അതിൻ്റെ ഒരു ക്രമത്തിൽ വന്നിട്ടാണ് ഭഗവാൻ അവിടെ പറയുന്നത് ശരിക്കും ഗീത സമ്പൂർണ്ണമായി തന്നെ പഠിക്കേണ്ടതാ നോക്കോളൂ ഇതിനെ ഭഗവാൻ പറയുന്ന രീതി വളരെ രസകരമായിട്ടുള്ളൊരു രീതിയാണ് അർജുനൻ എന്ന മനസ്സ് നമ്മുടെ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന മനസ്സ് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നതും എന്നും നാലാം അധ്യായത്തിൽ അത് കാണാം ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ പൂർണ്ണമുതച്ചതേ പൂർണ്ണ പൂർണ്ണമാതായ പൂർണമേവാവശിഷ്യ